ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ശിവസമാരംഭാ ശം അസ്മദാചാര്യ വേ ഗുരുപരംപരാ ക്ഷേത്ര സങ്കേതത്തിൽ കുറേ വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ഒത്തുകൂടി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പല വ്യത്യസ്ത വിഷയങ്ങളും ചർച്ചയ്ക്ക് വെച്ചു ചില പ്രാവശ്യങ്ങളാവട്ടെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനവും ചെയ്തു ഏതായാലും ഈ പ്രാവശ്യം സാധനാ പഞ്ചകം അഥവാ ഉപദേശ പഞ്ചരത്നം എന്നുള്ള കൃതിയാണ് പഠനത്തിന് വെച്ചിട്ടുള്ളത് അഞ്ച് സന്ധ്യകളിൽ ഒത്തുകൂടി നമുക്ക് ചിന്തിക്കാം വളരെ വിശദമായ പഠനം സാധിക്കില്ല സാമാന്യമായി ചിന്തിക്കാം എന്ത് വിശദമാവണം എന്നുണ്ടെങ്കിലും അനുബന്ധമായി മറ്റേതൊരു സംശയമുണ്ടെങ്കിലും ചോദിക്കാം ഇന്ന വിഷയമേ ആകാവൂ എന്നില്ല ഇന്നത് ചോദിക്കരുത് എന്നില്ല എന്തും ചോദിക്കാം പക്ഷേ എന്തിനും മറുപടി പറയില്ല അറിയണതാണെങ്കിൽ മാത്രേ പറയൂ അങ്ങനെ സമയം കുറച്ച് ഉപയോഗിക്കാം ശരി ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം സാധനാ പഞ്ചകം അല്ലെങ്കിൽ ഉപദേശ പഞ്ചരത്നം ചില സ്ഥലത്ത് സോപാന പഞ്ചകം എന്നൊക്കെ പല പേരിൽ പറയപ്പെടുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ വെറും അഞ്ച് ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു ശാങ്കരകൃതിയാണ് നമ്മൾ പഠിക്കാൻ പോണത് ശങ്കരകൃതി എന്നതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വിരചിച്ച കൃതി എന്നർത്ഥം ആരംഭിക്കുന്നതിന് മുമ്പ് അല്പം ശാങ്കരകൃതികളെക്കുറിച്ച് ഒരു പരിചയം ആവാം വിസ്തരിക്കുന്നില്ല ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ സനാതനധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി അത് തീവ്രമായ യജ്ഞങ്ങൾ അന്ന് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ തന്നെ ഇവിടെ സനാതനധർമ്മികളായി ജീവിക്കുന്നത് നമ്മളൊക്കെ തന്നെ എന്ന് പറയുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും ശങ്കരാചാര്യസ്വാമികളെ വിമർശിച്ചാലേ നിന്ദിച്ചാലേ ഉറക്കം വരൂ എന്നുള്ളവരടക്കം ഹിന്ദു സമൂഹം അല്ലെങ്കിൽ സനാതനധർമ്മികൾ എന്നൊരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല ഭഗവാൻ ഭാഷ്യകാരന്റെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് സനാതനധർമ്മ ചരിത്രം അങ്ങനെയാണ് അതായത് അത്യുന്നതമായ മഹിമയിൽ വിരാജിക്കുമ്പോൾ ക്രമികവും പരസ്പര പൂരകങ്ങളുമായ ഒട്ടനവധി കാരണങ്ങളെ കൊണ്ട് ധർമ്മവ്യവസ്ഥ ക്ഷയിക്കും ക്രമികവും പരസ്പര പൂരകവും എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കാം ക്ഷയിച്ച് ക്ഷയിച്ച് ഇതാ നശിച്ചുവല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥ വന്നു ചേരും പക്ഷേ അപ്പോഴത്തേക്ക് ഒന്നോ അനേകമോ അനന്ത വിഭൂതികൾ മഹാപുരുഷന്മാർ രംഗപ്രവേശം ചെയ്യുന്നതും അവരുടെ ഉപദേശങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ മറ്റ് പല പ്രവർത്തനങ്ങളിലൂടെ നവ്യമായ കരുത്ത് ഈ ധർമ്മവ്യവസ്ഥയ്ക്ക് നൽകി ശരിയായ ദിശാബോധം സമൂഹത്തിന് നൽകി വീണ്ടും ഈ സനാതനധർമ്മത്തെ അവർ സമുദ്ധരിക്കുന്നത് കാണാം അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ പ്രവർത്തനം ശക്തമായൊരു സ്വാധീനം ചെയ്ത് അപ്രചയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വലിയ ഉയർച്ചയെ ഈ ധർമ്മവ്യവസ്ഥ നേടും അതിനെ കൂടുതൽ ത്വരിതപ്പെടുത്താൻ വേണ്ടി ഒട്ടനവധി മേഖലകളിൽ ഒട്ടനവധി മഹാപുരുഷന്മാർ വന്നുകൊണ്ടേയിരിക്കും അതൊരു തുടർ പ്രക്രിയയാണ് അനേക ശതകങ്ങളോ ഒരു പക്ഷേ സഹസ്രാബ്ദങ്ങളോ നീണ്ടു നിൽക്കുന്ന പ്രക്രിയ അങ്ങനെ അത്യന്തം മഹത്വപൂർണ്ണമായ അവസ്ഥയിൽ നമ്മുടെ ധർമ്മവ്യവസ്ഥ നിലകൊള്ളുമ്പോൾ വീണ്ടും സമാജത്തിൻ്റെ ശാസ്ത്രവിമുഖത കൊണ്ടും അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും വളർച്ച കൊണ്ടും വേണ്ട രീതിയിൽ ധർമ്മ സംരക്ഷണം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിയുന്നത് കൊണ്ടും അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച അതേ വിഷയം വരുന്നു പരസ്പര പൂരകങ്ങളായ ഒട്ടനവധി കാരണങ്ങളെ കൊണ്ട് വീണ്ടും ക്ഷയമേർപ്പെടും ഇങ്ങനെ ക്ഷയത്തിൻ്റെയും വൃദ്ധിയുടെയും ആവർത്തനം സനാതനധർമ്മ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു അഥവാ സനാതനധർമ്മ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മതചരിത്രങ്ങളിൽ കാണുന്നത് പോലെ കുത്തനെയുള്ള ഉയർച്ചയും കുത്തനെയുള്ള താഴ്ചയും ധർമ്മവ്യവസ്ഥയുടെ ചരിത്രത്തിൽ നാം കാണുന്നില്ല മറിച്ച് ക്രമാനുഗതമായ ഉയർച്ച താഴ്ചകളുടെ ഒരു ഗതി ആവർത്തിക്കുന്നതാണ് നാം കാണുന്നത് ഈ നിലയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എപ്പോഴെപ്പോഴൊക്കെയാണോ ശാസ്ത്ര ബോധം സമൂഹത്തിൽ നിന്ന് ക്രമികമായി കുറഞ്ഞ് അസ്തമിച്ചു പോയത് അപ്പോഴൊക്കെ ക്രമേണ ക്രമേണ അനാചാരങ്ങളും ദുരാചാരങ്ങളും വളർന്ന് ഒട്ടനവധി അബദ്ധവിശ്വാസങ്ങളാൽ ഗ്രസിക്കപ്പെട്ട് ദുരാചാരങ്ങൾ പെരുകി ഈ ധർമ്മവ്യവസ്ഥ ക്ഷയിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും എപ്പോഴാണ് ഉയർച്ച മഹാപുരുഷന്മാരുടെയും മറ്റും പരിശ്രമപലമായി ശാസ്ത്രബോധവും ശാസ്ത്രാനുസൃതങ്ങളായ ആചരണ പദ്ധതികളും വിപുലമാകുമ്പോൾ ഇതിൽ സന്ദേഹം ഇല്ല എങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക എല്ലാ മേഖലകളിലും അത്യന്തം ഉന്നതമായൊരവസ്ഥാ വിശേഷം സാമാജിക ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും നമുക്ക് കാണാം വേദത്തിൽ അങ്ങേറ്റം മഹത്വപൂർണ്ണമായൊരു ജീവിത വീക്ഷണം സമൃദ്ധമായൊരു ജീവിത വീക്ഷണം പോരാ സമഗ്രമായൊരു ജീവിത വീക്ഷണം എന്നാലും പൂർണ്ണമാവില്ല നല്ലൊരു വാക്ക് ലഭിക്കാൻ വിഷമം ഏറെക്കുറെ നല്ലൊരു വാക്ക് പറയട്ടെ സന്തുലിതമായൊരു ജീവിത വീക്ഷണം അതെ സമൃദ്ധമാണ് സമഗ്രമാണ് സന്തുലിതമാണ് അങ്ങനെ ജീവിത വീക്ഷണമാണ് നമുക്ക് വേദത്തിൽ കാണാനുള്ളത് അവിടെ അത്യന്തികമായ മനുഷ്യൻ്റെ ഉയർച്ച നിശ്രേയസ പര്യന്തം മോക്ഷപര്യന്തം പറഞ്ഞുവെച്ചു ആത്യന്തികമായ എന്ന് പറഞ്ഞാൽ എല്ലാവരും സംബന്ധിച്ചുമല്ല എന്നാൽ എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ച ശാന്തി സമാധാനം ഐശ്വര്യപ്രാപ്തി അങ്ങനെ അങ്ങനെ അങ്ങനെ ക്രമമായി പരമമായ നിശ്രേയസം അതുവരെ പറഞ്ഞുവെച്ചു ആ ഒരു പരമ നിശ്രേയസ പദവിയിലേക്ക് ഉയരണമെങ്കിൽ പ്രാഥമിക തലത്തിലെ മനുഷ്യനെ സംബന്ധിച്ച് അവനുള്ളിലെ ദിവ്യ ഗുണങ്ങൾ കൂടുതൽ കൂടുതൽ വികസിതമാകണം ദിവ്യഗുണങ്ങളുടെ വികസിതമാവൽ പശുബുദ്ധി ഇല്ലായ്മ ചെയ്യുന്നതിനനുസൃതമായിട്ടാണ് പശുബുദ്ധി എന്ന് പറയുന്നത് ഇരയെയും ഇണയെയും മാത്രം പ്രസക്തമായി കാണുന്ന ബുദ്ധിയാണ് അതാണ് പശുബുദ്ധി നമ്മളിലൊക്കെയുണ്ട് ഇരയും ഇണയും മാത്രം പ്രസക്തമായി കാണപ്പെടുന്ന ഒരു ബുദ്ധി ഈ പശുബുദ്ധി ഇല്ലാതാവണം ഈ പശുബുദ്ധിയെ ജയിക്കണം വാസ്തവത്തിൽ ഈ പശുബുദ്ധിയെ ജയിക്കുന്നതിനാണ് യജ്ഞങ്ങൾ വിധിക്കപ്പെട്ടത് അതുകൊണ്ട് യജ്ഞത്തിൽ പശുവെ കൊല്ലാൻ വിധിച്ചു ആചാര്യം അധ്വരെ പശു ഹിംസിയാത് യജ്ഞത്തിൽ അധ്വര ശബ്ദത്തിന് യാഗം യജ്ഞം എന്നൊക്കെ അർത്ഥം അധ്വരത്തിൽ പശുവെ കൊല്ലണം അങ്ങനെ പശുവെ കൊന്നാൽ മാത്രമേ നമ്മുടെ ദിവ്യതയെ നമുക്ക് അനാവരണം ചെയ്യാൻ കഴിയൂ ആവിഷ്കരിക്കാൻ കഴിയൂ പക്ഷേ നമുക്ക് ക്രമേണ ഇത് ഇഷ്ടമല്ലാതായി കാരണം നമുക്കുള്ളിലെ പശുവെ നമുക്ക് ഇഷ്ടമാണ് അതിനെ കൊല്ലുന്നത് ഇഷ്ടമല്ല ആർക്ക നമുക്കുള്ളിലെ പശുവെ ഇഷ്ടമല്ലാത്തത് സത്യം പറഞ്ഞേക്കണം കള്ളം പറയരുത് നേരത്തെ സൂചിപ്പിച്ചു ഇരയും ഇണയും മാത്രം പ്രസക്തമായി കാണുന്ന ബുദ്ധിയാണ് ആ നിലയ്ക്ക് എടുക്കുമ്പോ ഇര തേടാനും ഇണ ചേരാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ പശുബുദ്ധിയാണ് അവ യഥാക്രമം കാമെന്നും നമുക്ക് പേരിട്ട് വിളിക്കാം അവയെ ഇവയാൽ പീഡിതരായിട്ടാണ് മനുഷ്യരെല്ലാ നിറികേടും ചെയ്തു പോകുന്നത് എന്തെല്ലാം അഴുതാത്ത നിഷിദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നുവോ വികർമ്മങ്ങൾ ചെയ്യുന്നുവോ മനുഷ്യർ ഈ രണ്ട് ശത്രുക്കളാൽ ചെയ്യിക്കപ്പെടുന്നതാണ് വിശപ്പിനാലും കാമത്താലും ആലോചിച്ചു നോക്കുക ഇവിടെ ധർമ്മമര്യാദയൊന്നും ചിന്തിക്കരുത് ധർമ്മമര്യാദയൊക്കെ മാറ്റിവെക്കുക ധർമ്മമര്യാദയെ ചിന്തിക്കുമ്പോ നമ്മള് വിശപ്പിനാലോ കാമത്താലോ പ്രേരിതരായി താങ്കോനിത്തം ചെയ്യില്ല അത് വേറെ വിഷയം പക്ഷെ താന്തോനിത്തങ്ങൾ ചെയ്യുന്നവരും നെറികേടുകൾ ചെയ്യുന്നവരും അരുതാത്ത ഒട്ടനവധി ചെയ്യുന്നവരും ബിഷപ്പിനാലും കാമത്താലും പ്രേരിതരായിട്ടാണ് ചെയ്യുന്നത് നമ്മളെ വളരെ ഉപദ്രവിക്കുന്നവരാണ് ഈ രണ്ടുപേരും ബിശപ്പ് കൊണ്ട് പൊറുതി മുട്ടും ബിശപ്പിന്റെ വിഷമം അനുഭവിച്ചു തന്നെ അറിയണം വളരെ ക്ലേശിപ്പിക്കുന്നു നമ്മളെ ബിശപ്പ് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ബിശപ്പൊന്ന് കുറഞ്ഞു നോക്കട്ടെ ഒരു മൂന്ന് ദിവസം വിശപ്പില്ലാണ്ടായി നോക്കട്ടെ വേഗം ഒരു കുപ്പിയൊക്കെ എടുത്ത് അടുത്ത വൈദ്യരെടുത്ത് വൈദ്യരെ രണ്ടു മൂന്ന് ദിവസമായിട്ട് വിശപ്പില്ലല്ലോ എന്തെങ്കിലും ഒരു അരിഷ്ടോ കഷായോ ചൂർണോ എന്തെങ്കിലും എന്ത് തന്നാൽ തരക്കേടില്ല വൈദ്യര് കുറിച്ചു തരും നമ്മൾ കഴിക്കും എന്നാ വൈദ്യര് ചോദിക്കണ്ടേ എവിടെ വിശപ്പില്ലാതായത് എത്ര ഭാഗ്യമാ വിശപ്പല്ലേ ലോകത്തിൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് അതില്ലാണ്ടായി എന്ന് പറഞ്ഞ അനുഗ്രഹമല്ലേ എന്ന് വൈദ്യരും ചോദിക്കില്ല നമ്മളും ചിന്തിക്കില്ല കാരണം വിശപ്പിനെ നമുക്കിഷ്ടമാണ് ഇതുപോലെ തന്നെയാണ് കാമത്തെയും കാമം അനേക അനർത്ഥകോപങ്ങളിൽ നമ്മളെ വീഴ്ത്തുന്നതാണെങ്കിലും കാമത്തെ നമുക്കിഷ്ടമാണ് ദിവസവും ഇറങ്ങുന്ന വർത്തമാന പത്രങ്ങളിൽ മാത്രം വരുന്ന പരസ്യങ്ങൾ നോക്കിയാൽ മതി കാമോദ്ദീപകങ്ങളായ ഔഷധങ്ങളാണ് ഏറ്റവുമധികം വിൽക്കപ്പെടുന്നത് അഥവാ അവയുടെ പരസ്യങ്ങളാണ് നമ്മൾ ഏറ്റവുമധികം കാണുന്നത് അതിനേക്കാൾ വലിയ കഷ്ടം വലിയ കഷ്ടം കേവലം കാമോദ്ദീപകം എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്ത് പരസ്യങ്ങൾ കൊടുക്കപ്പെടുന്നത് മറ്റ് പല ഔഷധങ്ങളുടെയും പേരിലാണ് ഒരു സമഗ്രമായ ആരോഗ്യത്തിനു വേണ്ടി ക്ഷീണങ്ങളെല്ലാം മാറി നല്ല ഉത്സാഹത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി നാഡീവ്യവസ്ഥയുടെ നല്ല പുരോഗതിക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്ന് വേണ്ട മനുഷ്യൻ്റെ സമഗ്രമായ ആരോഗ്യത്തിന് വേണ്ടി ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ച പല മരുന്നുകളെയും ഇന്ന് വെറും സെക്സുമായി ബന്ധപ്പെടുത്തിയാണ് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ അനർത്ഥമാണിത് ഒരു ശാസ്ത്രത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്തുകൊണ്ടെന്നാൽ നില കൂടുതൽ വിൽക്കപ്പെടും അതിനുപയോഗം മാറ്റുകയാണ് സത്യത്തിൽ അതിനുള്ള മരുന്നല്ലാതെ മൊത്തം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബുദ്ധിവികാസത്തിനാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനാണ് വൃക്കയുടെ ആരോഗ്യത്തിനാണ് അല്ലെങ്കിൽ കരളിന്റെ ആരോഗ്യത്തിനാണ് അത്തരം മരുന്നുകളെയൊക്കെ ഈ ബ്രാൻഡിലായി ഇന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ നമുക്കെന്താ മനസ്സിലാവാനുള്ള കാമോദ്ദീപകമാണെന്ന് പറയുമ്പോൾ ഇത്രയ്ക്കധികം ജനങ്ങൾ പോയി മേടിക്കുന്നു താല്പര്യം കാമത്തെ നമുക്ക് ഇഷ്ടമാണ് അപ്പൊ വിശപ്പും കാമവും എവരെ നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് എവരെ കൊല്ലുന്നത് നമുക്ക് ഇഷ്ടം അല്ല നമ്മൾ എന്ത് ചെയ്തു മണ്ടാപ്രാണികളെ കൊണ്ടുവന്ന് കൂട്ടം കൂട്ടമായി കൊല്ലാൻ തുടങ്ങി എന്ന് മാത്രമല്ല കൊല്ലപ്പെടുന്ന പശുവിന്റെ എണ്ണത്തിനനുസരിച്ച് യാഗത്തിന്റെ മഹത്വമേറി മുന്നൂറ് പശുക്കളെ കൊല്ലുന്ന യാഗത്തെക്കാൾ കേമമാണ് അഞ്ഞൂറ് പശുക്കളെ കൊല്ലുന്ന യാഗം ഇങ്ങനെ പശുവിന്റെ എണ്ണത്തിനനുസരിച്ച് ക്രമേണ ക്രമേണ ഒട്ടനവധി ക്രൂരങ്ങളായ പരിപാടികൾ ആവിർഭവിച്ചു അതിഹീനമായ രീതിയിൽ ഈ പശുക്കളെ കൊണ്ടുവന്ന് കൊല്ലാൻ തുടങ്ങി അതിനേക്കാൾ വലിയ രസം അല്ലാതെ കൊന്നാൽ പാപമാണ് യാഗത്തിൽ കൊന്നാൽ പാപം ഇല്ല എന്നുമായി യാഗത്തിൽ കൊന്നാൽ പാപമില്ല അല്ലാതെ ജന്തുഹിംസ പാപമാണെന്നായി ഇങ്ങനെയൊക്കെ അധപതനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത്യന്തമായ ഹിംസാ പ്രവണതയിലേക്ക് ധർമ്മവ്യവസ്ഥ കൂപ്പുകുത്തി അന്തരീക്ഷത്തെ പോലും പരിശുദ്ധമാക്കേണ്ടുന്ന ഹോമധൂപങ്ങൾ ഉയരേണ്ടടത്ത് രക്തത്തിൻ്റെ ദൗർഗന്ധ്യം മനുഷ്യരെ മാത്രമല്ല സക്കല്ല ജീവജാലങ്ങളെയും സസ്യങ്ങളെയും എല്ലാം ഉത്തേജിപ്പിക്കുന്ന മന്ത്രധ്വനികൾ ഉയരണ്ടടത്ത് മൃഗങ്ങളുടെ രോദന ശബ്ദം അത്യന്തം ഹിംസയിൽ മുങ്ങിപ്പോയത് ഈ സന്ദർഭത്തിലല്ലേ അപാര കരുണാവാനായ ബുദ്ധഭഗവാൻ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹിംസയിൽ നിന്ന് സനാതനധർമ്മ വ്യവസ്ഥയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആവിർഭവിച്ചത് അതെ അവിടുന്ന് ഇത്തരം ദുരാചാരങ്ങളിൽ നിന്ന് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് പരിശ്രമിച്ചു പക്ഷേ ധർമ്മ മൂലം വേദമാണെന്ന് ഓർമ്മിച്ച് തന്റെ ഉപദേശത്തെ വേദാനുസാരം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ അവിടുന്ന് പരാജയപ്പെട്ടു വേദവിഷയത്തിൽ അവിടുന്ന് മൗനം പാലിച്ചു താൻ ഉപദേശിക്കുന്നത് തീർത്തും വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപനിഷത്തുക്കളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ബുദ്ധന്റെ ഉപദേശങ്ങളെ സമൂഹം പൂർണ്ണമായി സ്വീകരിക്കുമായിരുന്നു വലിയൊരു നവീകരണ പ്രസ്ഥാനമായി അത് ഉയരുകയും കാര്യസാധ്യം നേടുകയും ചെയ്യുമായിരുന്നു പക്ഷേ വേദവിഷയത്തിൽ ബുദ്ധൻ അവലംബിച്ച മൗനം ക്രമേണ ക്രമേണ തെറ്റിദ്ധരിക്കപ്പെടുകയും ബൗദ്ധന്മാരും വേദനിഷേധികളും ശൂന്യവാദികളും നാസ്തികന്മാരും ഒക്കെയായി തീരുകയും ചെയ്തു വേദാനുസാരമല്ലാതെ ഉള്ള വാക്യങ്ങളെ ധർമ്മവ്യവസ്ഥ സ്വീകരിക്കില്ല അതുകൊണ്ടുതന്നെ വലിയൊരു സമൂഹം ഇതിനെ സ്വീകരിക്കാതെ ഹിംസാപ്രവണതകളിലൊക്കെ തന്നെ മുഴുകി അതേസമയത്ത് ഒരു മാറ്റത്തിന് വേണ്ടി കൊതിച്ചിരുന്ന സമൂഹം ബൗദ്ധത്തെ പിൻപറ്റുകയും ചെയ്തു പ്രത്യേകിച്ചും രാജാക്കന്മാരുടെ സമ്മതി ഈ ബൗദ്ധപ്രസരണത്തിന് കൂടുതൽ വന്നതോടുകൂടെ ശക്തമായി ബൗദ്ധം പ്രചരിച്ചു ഒരു ഭാഗത്ത് തീർത്തും ഹിംസാപ്രവണതയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മറ്റൊരു ഭാഗത്ത് ശൂന്യവാദത്തെയും നാസ്തികവാദത്തെയും വേദനിഷേധത്തെയും അത് വ്യാപിപ്പിച്ചു ഗുണത്തിനായി വന്നത് ദോഷത്തിനായി ഭവിച്ചു ചിന്തിക്കുക വേദം ഏകവും അദ്വിതീയവുമായ സത്യത്തെയാണ് പ്രഖ്യാപിക്കുന്നത് ഈ പരമമായ സത്യത്തെ പല മാർഗങ്ങളിലൂടെ ഉപാസിക്കാനും പല ഭാവങ്ങളിൽ കാണാനും ഒക്കെ വേദം അനുവദിച്ചു പക്ഷേ ഈ അദ്വിതീയമായ താത്പര്യത്തെ മനസ്സിലാക്കാതെ ക്രമേണ നമ്മൾ ശൈവന്മാരും വൈഷ്ണവന്മാരും ശക്തയന്മാരും ഗാണപത്യന്മാരും സൗരന്മാരും സ്കാന്തന്മാരുമായി പിരിഞ്ഞു പിരിയുക മാത്രമല്ല കലഹിക്കുകയും ചെയ്തു ശിവനാണ് വലത് ശിവന്റെ താഴെയാണ് വിഷ്ണു വിഷ്ണുവാണ് വലത് ശിവനല്ല എവർ രണ്ടുമല്ല ദേവിയാണ് വലത് എവര് മൂന്നുമല്ല സുബ്രഹ്മണ്യനാണ് ഗണപതിയാണ് സൂര്യനാണ് ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായി നമ്മൾ കലഹിച്ചു പൊരിഞ്ഞതല്ല പിടിച്ചടക്കലുകളുടെയും തർക്കങ്ങളുടെയും കലഹങ്ങളുടെയും ഒക്കെ അവസ്ഥകൾ ഇല്ല എന്ന് നിഷേധിക്കുക ചെയ്യരുത് സനാതർമ്മ വ്യവസ്ഥയിൽ പരസ്പര അലഹൂത്തുണ്ടായിട്ടില്ല ഒരു വിഭാഗത്തിന്റെ ക്ഷേത്രം മറ്റേ കൂട്ടിൽ പിടിച്ചെടുത്തിട്ടില്ല എന്നൊന്നും പറയാനൊക്കില്ല ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർത്തും വേദവിരുദ്ധമായൊരു വീക്ഷണം ഇനിയും മറ്റൊരു ഭാഗത്ത് വേദമാകുന്ന അടിസ്ഥാനത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ച കാരണത്തെയും പ്രപഞ്ച നിയന്താവിനെയും തന്നെയും തൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും ഒക്കെ കുറിച്ച് ആചാര്യന്മാർ ചെയ്ത നിരൂപണങ്ങൾ വിവിധ ദർശനങ്ങളായിട്ട് ആവിർഭവിച്ചു ഈ ആസ്തിക അഥവാ വൈദിക ദർശനങ്ങൾ പലതാണ് പക്ഷേ അവയ്ക്ക് ഒരു അന്വയിത്വമുണ്ട് സത്യസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് അതുകൊണ്ട് തന്നെ ബാഹ്യമായി വ്യത്യസ്തതകൾ പാലിക്കുന്ന പാലിച്ച വൈദിക ദർശനങ്ങൾ ഒരു കോണിപ്പടിയിൽ കോണിയിലെ വ്യത്യസ്ത പോലെ നമുക്ക് നോക്കിക്കാണാം പക്ഷേ ക്രമേണ ഈ സത്യത്തെ മറന്ന് നമ്മൾ നൈയായികന്മാരും വൈശേഷികന്മാരും സാഖ്യന്മാരും യോഗികളും പൂർവമീമാംസകന്മാരും വേദാന്തികളും ഒക്കെയായി കലഹിച്ചു കഴിഞ്ഞു ഇങ്ങനെ എന്തുകൊണ്ടും അങ്ങേയറ്റം ശിഥില ആയ ഒരു വ്യവസ്ഥ സനാതനധർമ്മ വ്യവസ്ഥ ഇതാ അങ്ങ് നശിച്ചു പോയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ആവിർഭവിച്ച് ഭേദത്തിൻ്റെ ശരിയായ താത്പര്യം ഏകവും അദ്വതീയവുമായ സത്യത്തിലാണെന്നും ഈ അദ്വൈതം ഒരു ദേവതോപാസനയ്ക്കും വിരുദ്ധമല്ലെന്നും ഏത് ദേവതോപാസനാ പദ്ധതിയിലൂടെയും ഈ പരമസത്യത്തിലേക്ക് ഉയരാമെന്നും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ഏകമാണെന്നും ജീവൻ ഈശ്വരൻ ജഗത്ത് എന്നൊക്കെ പറയപ്പെടുന്നത് പലതല്ല ഏകമാണ് ഉപാധിഭേദമനുസരിച്ച് പലതായിട്ടുള്ളതാണ് സത്യം ഏകമാണ് അദ്വിതീയമാണ് എന്നുള്ള പരമമായ വേദരഹസ്യത്തെ ശ്രുതി യുക്തി അനുഭവങ്ങൾക്കനുസരിച്ച് തൻ്റെ ഭാഷ്യങ്ങളിലൂടെ വെളിപ്പെടുത്തി വേദത്തിൻ്റെ താല്പര്യ നിർണയമായ ആ ഉപനിഷത് ഗ്രന്ഥങ്ങളിൽ പ്രധാനമായി പറയപ്പെടുന്ന പത്തുപനിഷത്തുക്കൾ അവയ്ക്ക് അവിടുന്ന് അത്യന്തം യുക്തിയുക്തവും ശ്രുതി അനുസൃതവുമായ ഭാഷ്യങ്ങളെ എഴുതി ഓരോ വാക്കും സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്ന് വരുന്നതും അതുപോലെ ഈ ഉപനിഷത്തുക്കളുടെ സാരമായ ഭഗവത്ഗീതയ്ക്കും ഇവയുടെ വിചാരഗ്രന്ഥമായ ബ്രഹ്മസൂത്രങ്ങൾക്കും അവിടുന്ന് ഭാഷ്യമെഴുതി ഇങ്ങനെ പ്രസ്ഥാനത്രയ ഭാഷ്യത്തിലൂടെ എന്താണ് സനാതനധർമ്മത്തിന്റെ അടിത്തറ എന്ന് അവിടുന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞില്ല ഇതര വിപരീത പക്ഷങ്ങളെ പറഞ്ഞ് ഈ ഒരു ഏകലക്ഷ്യം എന്നുള്ളത് വിസ്മരിച്ച ഒരു സമൂഹ വ്യവസ്ഥയെ വളർത്തിക്കൊണ്ടിരുന്ന പല പല ദാർശനികരുടെ നേതാക്കന്മാരുമായി അവിടുന്ന് ചർച്ചകൾ നടത്തി വാദങ്ങളും ഖണ്ഡനങ്ങളും മണ്ഡലങ്ങളും ആരെയും താഴ്ത്തിക്കെട്ടാനല്ല ഇതാണ് വേദത്തിൻ്റെ പരമതാല്പര്യമെന്ന് സ്ഥാപിക്കാൻ അങ്ങനെ ഹിമാചലം സഞ്ചരിച്ച് വേദത്തിൻ്റെ പരം താല്പര്യം ഏകവും അദ്വിതീയവുമാണെന്ന് സ്ഥാപിച്ചു തന്നെ പ്രാപിച്ച അനേക ജിജ്ഞാസുക്കൾക്ക് അവിടുന്ന് തത്വോപദേശം നൽകി അതിനായിക്കൊണ്ട് അനേക ഗ്രന്ഥങ്ങൾ വിരചിച്ചു എത്ര ഗ്രന്ഥങ്ങൾ അനേകം ശാസ്ത്രത്തിന്റെ മൊത്തം താത്പര്യത്തെ ഉപനിഷദ് ഭാഷ്യങ്ങളിലൂടെ അല്ലെങ്കിൽ വേദാന്ത ഭാഷ്യങ്ങളിലൂടെ ഒന്നുകൂടി വ്യക്തമായ ഭാഷ പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളിലൂടെ അവിടുന്ന് തന്നെങ്കിൽ അവയുടെ ഏകദേശത്തെ പ്രത്യേകമായി അടർത്തിയെടുത്ത് അനേക പ്രകരണ ഗ്രന്ഥങ്ങളെ അവിടുന്ന് രചിച്ചു ഈ പ്രകരണ ഗ്രന്ഥങ്ങളുടെ രചന മുഴുവൻ ശിഷ്യോപദേശാർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് രണ്ടാമത്തെ വിഭാഗം ശാസ്ത്രങ്ങൾ ഭാഷ്യകാരന്റെ കൃതികളിൽ രണ്ടാമത്തെ വിഭാഗം ഈ പ്രകരണ ഗ്രന്ഥങ്ങളാണ് ഒന്നാമത്തത് ഭാഷ്യങ്ങൾ ഇനി മൂന്നാമതൊരു വിഭാഗം കൂടിയുണ്ട് അത് സ്തോത്ര കൃതികളാണ് ദേവതാ സമ്പ്രദായങ്ങളെ അവലംബിക്കുകയും ഉപാസിക്കുകയും ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കൊക്കെ തന്നെ അതത് ദേവതോപാസനയിലൂടെ ഉയരാനും ഒന്നിനെയും നിഷേധിക്കാനല്ല അത്തത് ദേവതോപാസനകളുടെ ഉയരാരം ക്രമികമായി ഏകവും അദ്വിതീയവുമായ സത്യത്തിലേക്ക് ഉയർ ഉയരുന്നതിനും വേണ്ടി വൈഷ്ണവവും ശൈവവും ശക്തേയവും ഗണപത്യവും എല്ലാമായ കൃതികൾ അവിടെ നഴുതി സ്തോത്രകൃതികൾ ഇതാണ് മൂന്നാം വിഭാഗം ശാസ്ത്രങ്ങൾ കൃതികൾ ഇങ്ങനെ സമൃദ്ധമായൊരു സാഹിത്യശാഖയെ സ്വയമായി തന്നെ അല്ലെങ്കിൽ വലിയൊരു ഒരു സാഹിത്യ ഭണ്ഡാരത്തെ സ്വയമേവ പ്രദാനം ചെയ്ത് വൈദിക ദർശനത്തെ വൈദിക ശാസ്ത്ര സാഹിത്യത്തെ അങ്ങേറ്റം പോഷിപ്പിച്ച് ഭാരതത്തിൻ്റെ നാല് കോണുകളിൽ നാല് മഠങ്ങളെ സ്ഥാപിച്ച് അവിടെ ശിഷ്യന്മാരെ ഇജത്തി ശാസ്ത്രപ്രചരണത്തിന് വേണ്ട സമ്പ്രദായങ്ങളെ ഒരുക്കി ധർമ്മ സംസ്ഥാപന കാര്യങ്ങൾ താൻ ചെയ്യാനുള്ളത് ചെയ്ത് പൂർത്തിയാക്കി രംഗം വിട്ടു ഈ ഭാഷ്യകാരന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോവും സംശയമൊന്നുമില്ല ായാലും അവിടുത്തെ രണ്ടാം വിഭാഗം കൃതികളാണ് പ്രകരണ ഗ്രന്ഥങ്ങളെന്ന് നേരത്തെ പറഞ്ഞു അത്തരം പ്രകരണങ്ങൾ തന്നെ പല പ്രകാരമുണ്ട് വെറും ഒരൊറ്റ ശ്ലോകത്തിലുള്ള ഏകശ്ലോകീ പ്രകരണം ഏതൊരു വർഷം നമ്മൾ തന്നെ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ ഏകശ്ലോകീ പ്രകരണം മുതൽ ആയിരത്തിയാറ് ശ്ലോകങ്ങളിലുള്ള സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം വരെ അനേക പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതി അവൽ വളരെ പ്രസിദ്ധങ്ങളായവ ഉപദേശ സാഹസ്രി വിവേക ചൂടാമണി അപരോക്ഷാനുഭൂതി വാക്യവൃത്തി ഇങ്ങനെ നിരവധിയുണ്ട് അതേസമയത്തൊട്ടും പ്രാധാന്യം കുറവല്ല ലഘു കൃതികൾക്ക് എത്രയോ ലഘു കൃതികളുണ്ട് മോഹമുദ്ഗരം ഒക്കെ വളരെ പ്രസിദ്ധമാണ് മൂളിപ്പാട്ട് പാടുന്നത് പോലെ ഭജഗോവിന്ദം വജഗോവിന്ദ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചൊല്ലി നടക്കുന്നവരും അത്ര പ്രചലിതമാണ് അത്തരം ലഘു കൃതികളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ലഘു കൃതിയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഉപദേശ പഞ്ചരത്നം അഥവാ സാധന പഞ്ചക്കം സോപാന പഞ്ചക്കം എന്നും പേരുണ്ട് എന്തായാലും പഞ്ചക്കം എന്ന് പറയുന്നത് അഞ്ച് ശ്ലോകങ്ങൾ അടങ്ങുന്നത് കൊണ്ടാണ് അഞ്ച് ശ്ലോകങ്ങൾ അടങ്ങുന്നത് പഞ്ചക്കം എന്താണ് ഇതിലെ വിഷയം ഇതിലെ വിഷയം സാധനയാണ് സാധന എന്ന് പറഞ്ഞാൽ സാധ്യത അനയ ഇതി സാധന സാധ്യത അനയ യാതൊന്നിനെ കൊണ്ട് സാധിക്കുന്നുവോ അതാണ് സാധന അപ്പൊ സാധ്യത അനുസരിച്ച് സാധന മാറും ഇപ്പൊ ഇവിടെ എത്തുക എന്നുള്ളത് സാധ്യമാണെങ്കിൽ യാത്ര ചെയ്യുക എന്നുള്ളത് സാധനയാണ് ദാഹം മാറുക എന്നുള്ളത് സാധ്യമാണെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് സാധനയാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് സാധ്യമാണെങ്കിൽ പോയി എടുക്കുക എന്നുള്ളത് സാധനയാണ് മാറി വന്നുകൊണ്ടേ ഇരിക്കുക ചിന്തിക്കുക എന്തെങ്കിലും ഒരു സാധ്യത നേടുന്നതിന് അനുവർത്തിക്കേണ്ടതാണ് സാധന ഇവിടെ മനുഷ്യജീവിതത്തിന്റെ പരമ ആത്യന്തിക നിശ്രയസമാകുന്ന സാധ്യത്തിലേക്ക് ഉയരാൻ അതാണ് സാധ്യം വേദാന്തത്തിൽ അതാണ് സാധ്യം വേദാന്തത്തിൽ സാധ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ചില മികവുകളോ പേരോ പ്രശസ്തിയോ ധനമോ ഒന്നുമല്ല അതൊക്കെ വേണം ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല അതൊക്കെ ഇതര ശാസ്ത്രങ്ങളുടെ വിഷയങ്ങളാണ് അതിന് നമുക്ക് അർത്ഥശാസ്ത്രമുണ്ട് അതിന് നമുക്ക് കാമശാസ്ത്രമുണ്ട് അതിന് നമുക്ക് ധർമ്മശാസ്ത്രമുണ്ട് അവയൊക്കെ പഠിക്കേണ്ടതാണ് അവയിലൂടെയൊക്കെ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ള രത്നങ്ങൾ എത്രയാണെന്ന് പറയാൻ പറ്റില്ല അതാണ് ഭാരതീയ ഋഷീശ്വരന്മാരുടെ ഭീക്ഷണത്തിന്റെ സമഗ്രത എന്ന് നേരത്തെ പറഞ്ഞു ഒരു ശാസ്ത്രത്തെയും അന്യമായി കണ്ടില്ല നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ആദരിച്ചു അതുകൊണ്ട് അർത്ഥശാസ്ത്രം നമുക്ക് പ്രസക്തമാണ് കാമശാസ്ത്രം നമുക്ക് പ്രസക്തമാണ് ധർമ്മശാസ്ത്രം നമുക്ക് പ്രസക്തമാണ് പക്ഷേ വേദാന്തം മോക്ഷശാസ്ത്രമാണ് ഓരോ ശാസ്ത്രത്തിലും അവിടെ ധ്യേയുണ്ട് അവിടെ സാധ്യമുണ്ട് ഇവിടെ സാധ്യം പരമപുരുഷാർത്ഥമാണ് നിശ്രേയസം എന്ന് പറയുമ്പോൾ ആത്യന്തിക ദുഃഖനിവൃത്തി രൂപമാകുന്ന മോക്ഷം ആത്യന്തിക ദുഃഖനിവൃത്തി രൂപമാകുന്ന മോക്ഷമാണ് ഇവിടെ വേദാന്തശാസ്ത്രത്തിന്റെ സാധ്യം അപ്പോൾ സാധന എന്ന് പറഞ്ഞാൽ ആ ഒരാത്യന്തിക ദുഃഖനിവൃത്തിയാകുന്ന മോക്ഷത്തിലേക്ക് അഥവാ പരമപുരുഷാർത്ഥത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത് അതിന് നാം അനുവർത്തിക്കേണ്ടത് അത് സാധന ഇത്തരം സാധനകളെ അഞ്ച് ശ്ലോകങ്ങളിൽ പറയുന്നതായതുകൊണ്ട് ഈ കൃതിയുടെ പേര് സാധനാ പഞ്ചക്കം ഇത് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് ക്രമമായി കോടിയിൽ നമ്മൾ പടികൾ കയറുന്ന ക്രമത്തിലാണ് ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഒന്ന് കോടിയിൽ എങ്ങനെയാ കയറുന്നത് ഒന്നിൽ കാലുറപ്പിച്ച് രണ്ടിലേക്ക് കാല് അതിൽ ഉറപ്പിച്ചിട്ടാണ് ഒന്നും എടുക്കുന്നത് അല്ലാണ്ട് എടുക്കുന്നില്ല അല്ലാണ്ട് ചാടി കയറാൻ പാടില്ല കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചാടി കയറി എന്നൊക്കെ വരും അത് തമാശയ്ക്ക പക്ഷെ കോണി കയറുന്നത് അങ്ങനെയല്ല രണ്ടിൽ കാലുറപ്പിച്ചിട്ടാണ് ഒന്നിൽ നിന്നെടുക്കുന്നത് എന്നിട്ടാണ് മൂന്നിൽ ഉറപ്പിക്കുന്നത് മൂന്നിൽ ഉറപ്പിച്ചാലേ രണ്ടിൽ നിന്നെടുക്കൂ ഇങ്ങനെ അനുക്രമമായിട്ടാണ് സോപാന പങ്ക്തികൾ കോണിയിലെ പടികൾ നമ്മൾ ആരോഹണം ചെയ്യുന്നത് അതുപോലെ അനുക്രമമായുള്ള സാധനകളെയാണ് ഇവിടെ പറഞ്ഞതെന്നതുകൊണ്ട് ഇതിന് സോപാന പഞ്ചകമെന്നും പേരുണ്ട് ഇതൊക്കെ തന്നെ ഉപദേശത്തിന്റെ രൂപത്തിലാണ് ഉപദേശം എന്ന് പറയുമ്പോ ആർക്കുപദേശിക്കുന്നവോ അയാളുടെ ഹിതം ഉദ്ദേശിച്ച് ഗുരുനാഥനോ അച്ഛനോ അമ്മയോ അങ്ങനെ ഹിതൈഷിയായ ഒരാൾ ആരെങ്കിലൊന്നും പറഞ്ഞാൽ ഉപദേശമായിട്ട് നമ്മൾ ഏറ്റെടുക്കാറില്ല ഹിതൈഷിയായ ആള് നമ്മുടെ ഹിതം ഇച്ഛിക്കുന്ന ഒരാള് അച്ഛനോ അമ്മയോ ഗുരുവോ ഒക്കെ നൽകുന്ന ആദേശങ്ങൾക്കാണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കാണ് ഉപദേശം എന്ന് പറയുക ആരാണെങ്കിലും തരുന്നതല്ല എന്തിനെങ്കിലും തരുന്നതല്ല ഉപദേശങ്ങളാണിത് ഈ ഉപദേശങ്ങൾ അഞ്ച് ശ്ലോകത്തിൽ ഒതുക്കിയതായതുകൊണ്ട് ഉപദേശ പഞ്ചകമാണ് ഇത് ഈ അഞ്ചും രത്നം പോലെ ധരിക്കാവുന്നതും രത്നം പോലെ ധരിക്കേണ്ടതുമാണ് രത്നം പോലെ ധരിക്കേണ്ടതാണ് രത്നം വിലയേറിയ രത്നം നമുക്ക് ലഭിച്ചാൽ നമ്മളതിനെ ധരിക്കുന്നു നമ്മൾ വളരെ ശ്രദ്ധിച്ച് പരിപാലിച്ചു ധരിക്കുന്നു കളനൊന്നും കട്ടുകൊണ്ടു പോകാതെ അല്ലെങ്കിൽ പോകാത്ത വിധം നമ്മൾ ധരിക്കുന്നു അതുപോലെ ഈ ഉപദേശ പഞ്ചകത്തിൽ പറഞ്ഞ സാധനാ പഞ്ചകത്ത് പറഞ്ഞ ഓരോ ഉപദേശവും ഓരോ രത്നമാണ് അങ്ങനെ വരുമ്പോ ഈ ഓരോ രത്നവും തന്നെ അഞ്ച് ശ്ലോകങ്ങളിൽ എട്ട് വീതം ഉപദേശങ്ങൾ അങ്ങനെ നാൽപ്പത് രത്നങ്ങൾ ഇവയെ ധരിക്കേണ്ടതാണ് പാലിക്കേണ്ടതാണ് നാൽപ്പത് രത്നമൊക്കെ വീട്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കള്ളന്മാര് വളരെ കൂടുതലാണ് അപ്പൊ എന്ത് വേണം ഇത് പരിപാലിക്കണം മോഷ്ടിക്കപ്പെടാതെ അങ്ങനെയുള്ള അഞ്ച് രത്നങ്ങളാണ് ഈ കൃതി ഉപദേശ പഞ്ചരത്നം നമുക്ക് പതുക്കെ ഇതിലേക്ക് പ്രവേശിക്കാം നേരത്തെ സൂചിപ്പിച്ചു കാമശാസ്ത്രമുണ്ട് അത് പ്രസക്തമാണ് അർത്ഥശാസ്ത്രമുണ്ട് അത് പ്രസക്തമാണ് ധർമ്മശാസ്ത്രമുണ്ട് അത് പ്രസക്തമാണ് മോക്ഷശാസ്ത്രമുണ്ട് അതും പ്രസക്തമാണ് ഓരോന്നും അതത് അധികാരികൾക്ക് ഒരു ശാസ്ത്രത്തിൽ ചിന്തിക്കപ്പെടുന്ന വിഷയമല്ല ധ്യേയല്ല മറ്റൊരു ശാസ്ത്രത്തിൽ ഇപ്പോഴത്തെ പരമപുരുഷാർത്ഥമിച്ഛിക്കുന്ന സമ്പൂർണ്ണ ദുഃഖനിവൃത്തി രൂപമാകുന്ന മോക്ഷമാണെൻ്റെ ജീവിത ലക്ഷ്യം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും അതിലേക്കും ഉള്ള ആ ഒരു ഉപദേശക്രമമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ അനുക്രമമായി മുക്തിയുടെ പരമസ്വരൂപത്തിലേക്ക് ഉയർത്തുകയാണ് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരം ചെയ്യുന്നത് സ്വയം നമുക്ക് പഠിച്ച് ഓരോ വാക്യവും മനനം ചെയ്ത് മുന്നോട്ടു പോവാം നേരത്തെ സൂചിപ്പിച്ചു വളരെയധികം വിസ്തരിക്കാൻ കഴിയില്ല സാമാന്യം ശരി വേദോ നിത്യമധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശ വിധീയതാമപിതി കാമ്യേമതി സ്ത്യജ്യതം ാംസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത്ൂർണ്ണം ഇതോടെ അച്ചടിച്ചൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് നാം മനസ്സിലാവണത് അങ്ങനെയുള്ളപ്പോ നമ്മളെ മുമ്പിലുള്ളത് പോകുന്നു അപ്പൊ അതുകൊണ്ട് ചൊല്ലാം േദോ നിമധീയ തദുദിതം കർമ്മസ്വനുഷീയ തേശ്യ വിധീയമചിതിമ്യേമതിസ്ത്യജ്യം രിതൂയതംസുഖേ ദോഷോനുസന്ധീയത ആത്മേച്ഛാവ്യവസീയത നിജഗൃഹൂർണം വിനിർഗ്യത നാമത്തെ ശ്ലോകത്തിൽ എട്ടുപദേശങ്ങളാണ് ഇതെല്ലാം തന്നെ നിർദ്ദേശമായിട്ടോ ഉപദേശമായിട്ടോ ആശിഷായിട്ടോ വിധിയായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്ന വാക്യങ്ങളാണ് ഇത് വിധിയാണ് പിന്നെ ആമന്ത്രണം നിമന്ത്രണം എന്നർത്ഥം അവിടെ പറയേണ്ട ആവശ്യമില്ല ഇത് ആശിഷാണ് അതായത് ഭാഷയിൽ സംസ്കൃത ഭാഷയിൽ അനേക അർത്ഥങ്ങൾ ധ്വനിപ്പിക്കാൻ വേണ്ടി പല ലകാരങ്ങൾ വിനിയോഗിക്കുന്നുണ്ട് അതിലിത് മുഴുവൻ ോട്ടെന്ന് പറയുന്നതാണ് ലോട്ടെല്ലാം വിധി നിമന്ത്രണം ആമന്ത്രണം സംശ്നം തുടങ്ങി അനേകം അർത്ഥങ്ങളുണ്ട് അപ്പൊ അതിലാണ് വിധിയാണെന്ന് പറയാം നിർദ്ദേശമാണെന്ന് പറയാം ആശിഷാണെന്ന് പറയാം ഉപദേശമാണെന്ന് പറയാം എല്ലാ അർത്ഥങ്ങളും പറയാം വിധി പറഞ്ഞാൽ പാലിച്ചോളന്നുള്ള പത്രക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ ഉപദേശം െടുക്കാം ഒഴിച്ചു കൂടരുത് ഒഴിക്കാൻ പാടില്ല ഒഴിച്ചു മാറ്റാൻ പാടില്ല അനുഷ്ഠിക്കണേ എന്ന് പറയുകയാണ് ആ രീതിയിലാണ് എല്ലാ വാക്യങ്ങളും അപ്പൊ ആദ്യം തന്നെ പറയുന്നത് നിത്യം വേദ അധിയതാം വേദ നിത്യം അധീയതാം നിത്യവും േദത്തെ അല്ലെങ്കിൽ വേദം പഠിക്കപ്പെടട്ടെ ഇതൊരാശിഷാണ് നിത്യവും വേദം പഠിക്കപ്പെടട്ടെ പഠിച്ചാലും ദിവസവും വേദത്തിന്റെ അധ്യയനം ചെയ്യണം എന്നും ഒഴിവാക്കരുത് പ്രവൃത്തി നിവൃത്തി രൂപമായ ധർമ്മവ്യവസ്ഥയുടെ മുഴുവൻ മൂലം ആധാരം ഭേദമാണ് എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും പ്രാപ്തി അത് വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് സക്കല ശാസ്ത്രങ്ങളുടെയും മൂലം നമുക്ക് വേദത്തിൽ കാണാം ഏത് പുരുഷാർത്ഥമായാലും അതിൻ്റെയൊക്കെ വേരുകൾ വേദത്തിലുണ്ട് വേദം പ്രതിപാദിക്കാത്തൊരറിവില്ല ജീവിതത്തിൽ എല്ലാ പ്രകാരത്തിലും പെട്ട ഉയർച്ചയാകുന്ന അഭ്യുദയമാകട്ടെ ആത്യന്തിക ദുഃഖനിവൃത്തിയാകുന്ന നിശ്രയസമാകട്ടെ രണ്ടിനും പ്രമാണം ഒന്നാണ് വേദം ധർമ്മ മൂലം വേദമാണ് മോക്ഷമൂലം വേദമാണ് അതെ ധർമാചരണത്തിനും ബ്രഹ്മസാക്ഷാത്കാരത്തിനും ഒരുപോലെ മൂലം വേദമാണ് അതുകൊണ്ട് ആചാര്യൻ ഇവിടെ നിത്യവും വേദം പഠിക്കാൻ നിർദ്ദേശിക്കുന്നു വേദോ നിത്യമധീയതം നിത്യവും ഒരു കാരണവശാൽ ഒഴിവാക്കരുത് നിത്യകർമ്മമായി എടുക്കണമെങ്കിൽ അതുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നായി സ്വാധ്യായത്തെ പറഞ്ഞു ബ്രഹ്മയജ്ഞം അവശ്യകർത്തവ്യമാണ് പഞ്ചമഹായജ്ഞം പഞ്ചമഹായജ്ഞം ചെയ്താലേ നമ്മൾ ആശ്രവികളാണെന്ന് പറയാൻ പറ്റൂ ആ പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രാധാന്യേന ബ്രഹ്മയജ്ഞം പറഞ്ഞു ബ്രഹ്മയജ്ഞം സ്വാധ്യായ പ്രവചനങ്ങളാണ് സ്വാധ്യായം വേദപഠനമാണ് അതുകൊണ്ട് തന്നെ ഇത് നിത്യകർത്തവ്യമാണ് അവശ്യകർത്തവ്യമാണ് അപ്പം നിത്യവും വേദത്തെ പഠിച്ചാലും എന്താണ് വേദം വേദം അറിവാണ് വിത് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് പ്രാഥമികമായി തന്നെ വേദശബ്ദം ഉണ്ടാവുന്നത് വിത് അറിവ് അതാണ് വേദം അറിവെന്ന് മാത്രമല്ല വേദത്തിനർത്ഥം അറിവെന്ന മുഖ്യാർത്ഥം പരമമായ അസ്തിത്വത്തെ സംബന്ധിക്കുന്നത് അതാണ് വേദം വിത് സത്തായാം എന്ന് ധാതു പരമമായ ലാഭത്തെ നൽകുന്നത് അതാണ് വേദം വിത് ലാഭേ എന്ന് ധാതു സൂക്ഷ്മ വിചാരത്തിലൂടെ നേടേണ്ടത് അതാണ് വേദം വിത് വിചാരണേ എന്ന് ധാതു ഇതൊക്കെ വേദശബ്ദത്തിന്റെ അർത്ഥങ്ങൾ തന്നെയാണ് എങ്കിലും സർവാചാര്യന്മാരും എല്ലാ പ്രകാരത്തിലും സമ്മതിക്കുന്ന അർത്ഥം ജ്ഞാനം എന്നത് അർത്ഥമാണ് അതാണ് പ്രഥമം അപ്പോൾ അറിവാണ് വേദം അറിവെന്ന് പറയുമ്പോൾ എന്താണ് ഈ പ്രപഞ്ചം എന്താണ് ഈ പ്രപഞ്ച കാരണം ആരാണ് ഈ പ്രപഞ്ചം നിയന്താവ് ആരാണ് ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്ത് ആ ഇങ്ങനെ നിരവധി നിരവധി അസ്തിത്വ സംബന്ധിയായ പ്രശ്നങ്ങൾ അനാദികാലമായി മനുഷ്യനുണ്ടായിട്ടുണ്ട് മനുഷ്യൻ അഥവാ മാനവൻ ജനിച്ച നിമിഷം മുതൽ നമ്മളിലൊക്കെ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ നീക്കുപോക്കുകൾ ചെയ്യും പലപ്പോഴും എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്തുക തന്നെ തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ ഋഷീശ്വരന്മാർ അവർ നീക്കുപോക്കുകൾക്ക് തയ്യാറായില്ല നിരന്തരമായ തപശ്ചര്യകളിലൂടെ അവരന്വേഷിച്ചു എന്താണ് സത്യം അവരുടെ കണ്ടെത്തലുകൾ അതാണ് അപാരമായ ലോകകൃപ ഒന്നുകൊണ്ട് മാത്രം തങ്ങളുടെ കണ്ടെത്തലുകളെ അവർ ലോകത്തിന് ഉപദേശിച്ചു അതാണ് വേദം അതവർ ഓരോ മനുഷ്യനും തന്നെ ഗ്രഹിക്കാൻ ഉപകരിക്കുന്ന രീതിയിൽ ചിലർ പദ്യമയമായും ചിലർ ഗദ്യമയമായും ചിലർ ഗാനമയമായും ഒക്കെ ഉപദേശിച്ചു അതുതന്നെ സൂക്ഷ്മതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കുന്നതിനു വേണ്ടി ആദ്യഘട്ടത്തിൽ വിവിധങ്ങളായ കർമ്മോപായങ്ങളെ പറഞ്ഞു അങ്ങനെയുള്ള നിരവധി കർമാചരണ പദ്ധതികളിലൂടെ ക്രമികമായി ഉയരാൻ പറഞ്ഞു അവയുമായി ബന്ധപ്പെട്ട ദേവതകളെ ബോധിപ്പിച്ചു ആ ദേവതകളെ വാഴ്ത്താനും പൂജിക്കാനുമൊക്കെ പഠിപ്പിച്ചു അതിൻ്റെ വിധിവിധാനങ്ങളെല്ലാം പറഞ്ഞു തന്നു അങ്ങനെ ക്രമേണ ക്രമേണ ക്രമേണ ചിത്തശുദ്ധിയുടെ ഏകാഗ്രതയുടെ സമ്പാദത്തിനത്തിനുസരിച്ച് പരമമായ സത്യത്തെ അവർ നമുക്ക് ഉപദേശിച്ചു ഇങ്ങനെ ക്രമികമായി മനുഷ്യ സമാജത്തിന് ഋഷീശ്വരന്മാർ നൽകിയ നിധി അറിവിൻ്റെ ഭണ്ഡാരം അതാണ് വേദം ാം അതിൻ്റെ അധികാരികളാണ് നമ്മളെല്ലാം പൈതൃക സമ്പത്തായി വേദം നേടിയവരാണ് അതുകൊണ്ട് വേദപഠനം അവശ്യകർത്തവ്യമാണ് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ നപുംസകമെന്നോ വ്യത്യാസമില്ല എല്ലാവർക്കും വേദം പഠിക്കാൻ അധികാരമുണ്ട് ഉള്ളധികാരത്തെ വിനിയോഗിക്കണം അതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ വേദോ നിത്യമധീയതാം നിത്യവും വേദത്തെ പഠിച്ചാലും ദിവസവും പഠിക്കൂ ശാസ്ത്ര സ്വാധ്യായം നിരന്തരം ചെയ്യണം ചിലപ്പോൾ ഒരുപാടങ്ങ് ചെയ്യും പിന്നെ ഭാഗത്തേക്കുണ്ടാവില്ല അങ്ങനെയാ ചിലർ ഇവിടെ ഉള്ളവരല്ല കേട്ടോ പൊതുവെ പൊതുവെ അങ്ങനെയാണ് അപ്പൊ പിന്നെ പ്രയോജനം ചെയ്യില്ല അതുകൊണ്ട് തന്നെ ശാസ്ത്ര സ്വാധ്യായത്തിലൊരു ഒരു നൈരന്തര്യം വേണം ദിവസവും വേണം ദിവസവും പഠിക്കണം അല്പം പഠിച്ചാൽ മതി അല്പം അല്പമാണെങ്കിലും നിത്യവും പഠിക്കണം ഋഷീശ്വരന്മാരുടെ ഉപദേശങ്ങൾ ദിവസവും അനുസന്ധാനം ചെയ്യണം വിട്ടുവീഴ്ച പാടില്ല അപ്പൊ നമ്മെ സംബന്ധിച്ച ദിവസവും വേദം പഠിക്കണം തന്നെയാണോ അതെ അത് തന്നെയാണ് വേദം പോലെ വൈദികശാസ്ത്രങ്ങളെയും പഠിക്കൂ വേദത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സുമധുരമായും സുലളിതമായും നമുക്ക് തന്ന ഇതിഹാസങ്ങള് പുരാണങ്ങൾ അവയെ വായിക്കും അവയിലുള്ള ആശയങ്ങളെ പ്രത്യേകമായി അടർത്തിയെടുത്ത് ക്രോഡീകരിച്ചു തന്ന ഒട്ടനവധി കൃതികളുണ്ട് എണ്ണിയാൻ ഒതുങ്ങാത്ത അല്ലെങ്കിൽ ഒടുങ്ങാത്തത്ര എണ്ണത്തിൽ ഒതുക്കാൻ കഴിയാത്തത്ര എത്ര സമ്പന്നരാണ് നമ്മൾ വേദം എന്ന് പറയുമ്പം തന്നെ അതിൽ അന്തർഭവിച്ച ഗ്രന്ഥങ്ങളെ പരിശോധിക്കാൻ പോയാൽ ലക്ഷക്കണക്കിന് വരും ഒരു പുസ്തകമല്ല േദം അതിൽ തന്നെ സംഹിത ബ്രാഹ്മണ ആരണ്യക ഉപനിഷദ് ഭേദങ്ങൾ ഋഗജജുസാമ അഥർവ വിഭാഗങ്ങളിൽ യജുസ് തന്നെ കൃഷ്ണ ശുക്ല ഭേദങ്ങളിൽ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നിങ്ങനെ ആറ് അംഗങ്ങളോട് ചേർന്ന് ആയുർവേദം ധനുർവേദം സ്ഥപത്യവേദം ഗാന്ധർവേദം അർത്ഥശാസ്ത്രം എന്നിങ്ങനെ അഞ്ച് അനുബന്ധങ്ങളോടുകൂടി എനിക്ക് നേരത്തെ പറഞ്ഞ ഋഗജു സാമാധർവങ്ങൾ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലുവാൻ ശാഖകളിൽ പിരിഞ്ഞത് എത്ര ബൃഹത്ത എത്ര ആയിരം ഋഷീശ്വരന്മാരുടെ എത്ര ലക്ഷം ഗ്രന്ഥങ്ങളീ പറഞ്ഞതിൽ മാത്രം അടങ്ങിയിട്ടുണ്ട് ഇനി ഇവയുടെ വ്യാഖ്യാനരൂപമായി ജനസമൂഹത്തിൽ ഇവയെ പ്രചരിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് എഴുതപ്പെട്ട അഞ്ചാമത്തെ വേദം എന്നും പ്രസിദ്ധമായ ഇതിഹാസ പുരാണങ്ങൾ അവയിൽ മഹാഭാരതവും രാമായണവും പതിനെട്ട് മഹാപുരാണങ്ങൾ ഇവയിലൊക്കെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ പ്രത്യേകം ഇവയിലൊക്കെ അടങ്ങിയ ഉപദേശഭാഗങ്ങളെയും സ്തുതികളെയും മറ്റും ആചാര്യന്മാർ ക്രോഡീകരിച്ചത് വ്യാഖ്യാനിച്ചത് ഇവയുടെ വിസ്തരണങ്ങൾ ചെയ്തത് ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങളായി പിരിയും വികസിക്കും ഓർക്കുക നമ്മൾ പിന്നെ സമ്പന്നരാ ഒട്ടും ദരിദ്രരല്ല ഇത്രക്കേറെ സമ്പത്തുണ്ടായിട്ടും നമ്മൾ വേണ്ട രീതിയിൽ ഇവയെ അഭ്യസിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ വലിയ വിഷമം തന്നെയാണ് വേദം നിത്യം പഠിക്കണത് പോട്ടെ വേദം കണ്ടവരെത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ കുറെയൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ ആ ചോദിക്കണവെച്ചാൽ ആരും കണ്ടിട്ടില്ല എന്നാ മറുപടി ഇപ്പൊ ഇല്ല എന്ന് പറയണില്ല നല്ല മാറ്റം വരുന്നുണ്ട് സമൂഹത്തിൽ എങ്കിലും ഒക്കെ തുറന്നു നോക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നവരെത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ വിഷമം തന്നെയാണ് പതിനെട്ട് പുരാണങ്ങൾ കണ്ടവരെത്ര ചോദിച്ചാൽ തന്നെ കുറച്ച് വിഷമമാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക രീതിയിലൊക്കെ സ്വാധ്യായം ചെയ്യുക എന്ന് മാത്രം പറയുകയാണ് ഉപദേശം ഇതാണ് വേദോ നിത്യം അധീയതാം നിത്യവും വേദം പഠിക്കപ്പെടട്ടെ അധീയതാം അതിപൂർവകമായ ഇങ്ങ പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ വിധിയർത്ഥത്തിലുള്ള രൂപമാണ് അധീയതാം പഠിച്ചാലും ഞാൻ ആർക്കും ഉപദേശിക്കുക അങ്ങനെ പഠിച്ചിരുന്നാ മതിയോ ചിലർ അങ്ങനെയുണ്ട് വലിയ പഠിപ്പാ പഠിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അതിൽ പറഞ്ഞു ഒരാചരണം ഉണ്ടാവില്ല അങ്ങനെ ചിലർ അതുകൊണ്ടൊരു കാര്യമില്ല അതുകൊണ്ട് പറയുന്നു തതുതിതം കർമ്മസ്വനുഷ്ഠീയതാം ഇത് കേൾക്കാൻ ഇഷ്ടമല്ല ആദ്യത്തത് എല്ലാവർക്കും ഇഷ്ട തതുതിതം കർമ്മസ്വനുഷ്ഠീയതാം തതുതിതം തേന ഉദിതം അതിനാൽ പറയപ്പെട്ടത് വേദത്താൽ പറയപ്പെട്ടത് എന്ത് കർമ്മം കർമാചരണങ്ങൾ സ്വനുഷ്ഠീയത നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെടട്ടെ വേദത്തിൽ പറയപ്പെട്ട കർമ്മങ്ങൾ നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെടട്ടെ വൈദിക കർമ്മങ്ങൾ നല്ലതുപോലെ അനുഷ്ഠിക്കൂ നിത്യം അനുഷ്ഠിക്കണം എന്ന് വിധിച്ച അല്ലെങ്കിൽ വിധിക്കപ്പെട്ടതരം കർമ്മങ്ങൾ അഗ്നിഹോത്രങ്ങൾ ദിവസവും അഗ്നിഹോത്രങ്ങളെ അനുഷ്ഠിക്കൂ ഇരുസന്ധ്യകളിലും അഗ്നിഹോത്രം അനുഷ്ഠിക്കൂ അതുപോലെ പ്രത്യേക മൃതുക്കളിൽ ചെയ്യേണ്ടുന്നത് ആർത്തവങ്ങളായിരിക്കുന്ന അഗ്നിഹോത്രങ്ങളുണ്ട് അതുപോലെ കടുത്തവാവിനും വെളുത്തവാവിനും ചെയ്യേണ്ടുന്ന വിശേഷക്രിയകളുണ്ട് ദർശപൗർണമാസക്രിയകൾ ചാതുർമാസ്യകാലത്ത് ചെയ്യേണ്ടതുണ്ട് ചാതുർമാസ്യങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ പലതരത്തിൽപ്പെട്ട യജ്ഞ വിശേഷങ്ങളെ വേദം വിധിച്ചിട്ടുണ്ട് ഇങ്ങനെ വേദോക്തങ്ങളായ കർമ്മങ്ങളെ ചെയ്താലും ഇനി നമുക്ക് അനുവാദം ചെയ്ത് വേണമെങ്കിൽ പറയാം കേവലം വേദത്താൽ പറയപ്പെട്ടത് മാത്രമല്ല വൈദികശാസ്ത്രങ്ങളാൽ പറയപ്പെട്ടതിനെ ചെയ്യൂ അങ്ങനെ വരുമ്പോ ദിവസവും പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കൂ മറ്റ് യജ്ഞങ്ങളെ ചെയ്യൂ പൂർത്തകർമ്മങ്ങൾ ചെയ്യൂ പുണ്യകർമ്മങ്ങൾ ചെയ്യൂ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്രദങ്ങളായ കർമ്മങ്ങൾ ചെയ്യൂ യജ്ഞഭാവനയിൽ ജീവിക്കൂ യജ്ഞത്തിലാണ് ഈ രോഗം നിലകൊള്ളുന്നത് ഈ ലോകം നിലകൊള്ളുന്നത് യജ്ഞത്തിലാണ് യജ്ഞഭാവന അറിയാതറിയാതെ നഷ്ടപ്പെടുമ്പോൾ ലോകത്തിന്റെ നാശത്തിനത് കാരണമാകുന്നു സഹയജ്ഞാഹ പ്രജ പ്രപഞ്ചത്തിലെ എല്ലാ പ്രജകളും സഹയജ്ഞന്മാരാണ് ആ തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കണം നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ ഈ പ്രപഞ്ചത്തിന്റെ താളക്രമത്തിന് ഭംഗം വരുത്തരുത് അതിന് പൂരകമായി നമ്മൾ ജീവിക്കണം അതാ അതാ യജ്ഞം എന്ന് പറഞ്ഞ അല്ലാതെ കേവലം ഹോമകുണ്ടത്തിലേക്ക് മന്ത്രപൂർവ്വം ഹവിസർപ്പിക്കുന്നത് മാത്രമല്ല യജ്ഞം അതും യജ്ഞമാണ് പക്ഷെ അത് മാത്രമല്ല യജ്ഞം ഈ യജ്ഞ ഭാവനയിൽ നിന്ന് ജീവിക്കൂ അപ്പോ തതുക്തമായ വേദോക്തമായ തതുതിതമായ ഉദിതമുക്തം പറയപ്പെട്ടതായ കർമ്മത്തെ നല്ലതുപോലെ അനുഷ്ഠിച്ചാലും സു അനുഷ്ഠീയത വെറുതെ അങ്ങ് അനുഷ്ഠിക്കരുത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലപോലെ ചെയ്യണം എന്താചരിക്കുന്നുണ്ടെങ്കിലും അത് സു സുഷ്ടു നല്ല പോലെ ആചരിക്കണം എന്തെങ്കിലും കാട്ടിക്കൂട്ടരുത് ലൗകികമായാലും വൈദികമായാലും കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്തനുഷ്ഠിക്കണമോ അതൊക്കെ സ്വനുഷ്ഠാനമായിരിക്കണം സുഷ്ടു നല്ലപോലെ അനുഷ്ഠിക്കണം വ്യക്തമാണല്ലോ അതുകൊണ്ട് വേദത്തെ ദിവസവും പഠിക്കണം വേദോക്തമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കണം ഇത് നിർബന്ധമാണ് ഇത്തരമൊരു ജീവിത ക്രമം നമ്മൾ പുലർത്തുക യജ്ഞത്തിലൂന്നിയ ജീവിതം ക്രമം കേവലം ശാസ്ത്ര പഠനം കൊണ്ടായില്ല അവിടെ ആചാര്യന്മാരെ എന്ത് ഉദ്ബോധിപ്പിച്ചു അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അത് ഉദം കർമ്മ എന്നുള്ളതിന് കേവലം ഹോമം അഗ്നിഹോത്രം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കാരണം കേവലം ഹോമം അഗ്നിഹോത്രം മാത്രമല്ല വേദം പറഞ്ഞത് മറിച്ച് നിത്യ നൈമിത്ക കർമ്മങ്ങൾ മുഴുവൻ പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വേദത്താൽ വൈദിക ശാസ്ത്രത്താൽ ഋഷിയാൽ ഉപദേശിക്കപ്പെട്ട നിത്യ നൈമിത്തിക കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യണം എല്ലാത്തിനെയും ഒരു മാത്രം പോരാ അഗ്നിഹോത്രം വേണം അത് മാത്രം പോരാ അപ്പൊ ലൗകികമായും വൈദികമായും നമ്മൾ നിർവഹിക്കേണ്ടുന്ന കർത്തവ്യങ്ങളെ മുഴുവൻ ശാസ്ത്രീയമായി നിർവഹിക്കൂ ശാസ്ത്രീയമായി നിർവഹിക്കൂ അവിടെയാണ് മുഖ്യത്വം ഒരിക്കലും ഏത് മേഖലയിലുള്ള കർമ്മമായാലും എന്തെങ്കിലും ഏതെങ്കിലും ചെയ്യരുത് ചെയ്യണത് ശാസ്ത്രീയമായി ചെയ്യാം ചെയ്യണത് നന്നായി ചെയ്യാം ഇത് നമ്മുടെ ഒരു ശീലമാവണം സ്വനുഷ്ഠീയത വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കാൻ നമുക്കൊക്കെ കഴിയും നമ്മുടെ മഹത്വം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും എത്ര അടുക്കും ചിട്ടയിലും ചെയ്യുന്നു എന്നുള്ളടത്താണ് എത്ര ശാസ്ത്രാനുസൃതം ചെയ്യുന്നു എന്നുള്ളടത്താണ് ശ്രദ്ധിക്കുക ഇവിടെ പൂർവമീമാംസകന്മാരൊക്കെ തന്നെ വേദമന്ത്രങ്ങളെല്ലാം ക്രിയാർത്ഥങ്ങളാണെന്നും പറയുന്നു അതുകൊണ്ട് വേദമന്ത്രങ്ങൾ ക്രിയാപരങ്ങളാണ് അവയാൽ പറയപ്പെട്ട ക്രിയകളെ ചെയ്യണം ഇതാണ് പൂർവമീമാംസകന്മാരുടെ മുഖ്യോപദേശം പൂർവമീമാംസകന്മാരെ സംബന്ധിച്ച് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല ഈശ്വരനില്ല പലരും വിചാരിച്ചത് ഈ വ്യത്യസ്ത ഹോമങ്ങളും ഒക്കെ പറയുമ്പോൾ അവിടെ ഈശ്വരൻ എന്നൊരു സങ്കല്പം ഈശ്വരനില്ല ദേവതകളേ ഉള്ളൂ വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി വ്യത്യസ്ത ദേവതകളെ ഹവിരർപ്പണം ചെയ്ത് സന്തുഷ്ടരാക്കുക അങ്ങനെ ദേവതകളെ ഹവിരർപ്പണം ചെയ്ത് സന്തുഷ്ടരാക്കുമ്പോൾ ആ ദേവതകൾ നമ്മെ അനുഗ്രഹിക്കും പുണ്യം കൂടുതൽ കൂടുതൽ നമുക്ക് സമ്പന്നമാകും അദൃഷ്ടം അങ്ങനെ അദൃഷ്ട സഞ്ചയം കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കും വളരെ സുഖമാണവിടെ അവിടെ സുഖമായി കഴിയാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് അങ്ങനെ കൊണ്ടുപോയത് ഉപഭോഗിക്കാൻ മാത്രമേ പറ്റൂ സമ്പാദിക്കാൻ വകുപ്പില്ല കൊണ്ടുപോയത് ഉപഭോഗിക്കുന്നതിനനുസരിച്ച് തീരും തീർന്നാൽ തീർന്നാ തല കുത്തനെ വീഴണം അല്ലാണ്ടെന്താ ഇമമ്പ ഹീനതരമ്പ വിഷന്തി ഇതിനെയോ ഇതിനേക്കാൾ കിഴ്പ്പെട്ടുള്ളതിനെയോ ഉപഭോഗം ചെയ്യുമ്പോൾ കുറച്ച് അധികം ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഓവർഡ്രാഫ്റ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ താഴോട്ടായി പോവും അല്ല ഏകദേശം വരവ് ചെലവൊക്കെ ആലോചിച്ച് വളരെ സന്തുലിതമായിട്ടാണ് അവിടെ ഉപഭോഗിച്ചു വെച്ചാൽ വീണ്ടും മനുഷ്യനാവാം പക്ഷെ ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് വേദോക്തങ്ങളായ മന്ത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മന്ത്രങ്ങളെ കൊണ്ട് അഗ്നിയിൽ ഹവിസർപ്പിച്ച് ദേവതകളെ സന്തോഷിപ്പിച്ച് അദൃഷ്ടം നേടി പരമാവധി ലഭിക്കാവുന്ന സ്വർഗം അതൽപ്പം തന്നെയാണ് അതുകൊണ്ട് നിനക്ക് അതിൽ കവിഞ്ഞൊരു ലക്ഷ്യമുണ്ടാവണം ഇവിടെയാണ് പൂർവീമാംസകനും വേദാന്തിയും വിയോജിക്കുന്ന സന്ദർഭം വൈദികങ്ങളായ കർമ്മങ്ങളെ ചെയ്യണം എന്നുള്ളതിൽ വേദാന്തിക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ പൂർവമീമാംസകൻ ഈശ്വരനില്ല പലരും മനസ്സിലാക്കിയിട്ടുള്ളത് വേദമാണ് വേദത്തിന്റെ വിചാരമാണ് പൂർവമീമാംസകളോട് അവിടെയും ഈശ്വരൻ ഉണ്ടെന്നാണ് ഈശ്വരനില്ല ദേവതകളെയുള്ളൂ പല ദേവതകളാ വ്യത്യസ്ത ദേവതകൾ ഈ വ്യത്യസ്ത ദേവതകളെയാണ് യജിക്കുന്നത് ഇവിടെ വേദാന്തിക്ക് പറയാനുള്ളത് നീ വ്യത്യസ്ത ദേവതകളെ പൂജിച്ച് അവർക്കായി യജനം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് അദൃഷ്ടം നേടി സ്വർഗത്ത് പോയിക്കൊണ്ടിരുന്ന പോരാ അത് ഗതാഗതമാണ് പ്ലവാഹ്യത അദൃഢായജ്ഞരൂപ യജ്ഞങ്ങളെന്ന് പേരുള്ള പ്ലവങ്ങളുണ്ടല്ലോ പ്ലവം എന്ന് പറഞ്ഞാൽ ചങ്ങാടം പൊങ്ങുകടി എന്നൊക്കെ അർത്ഥം പറയാം വെള്ളത്തിൽ പൊങ്ങി കിടക്കണം അത് ഇത് അദൃഢങ്ങളാണ് സംസാര സമുദ്രത്തിന്റെ മറുകര കടക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല അജ്ഞാനത്തിന്റെ മറുകരയ്ക്ക് കടക്കാൻ സാധിക്കില്ല അതുകൊണ്ടാ ഉപനിഷത്ത് പറയുന്നത് പ്ലവാഹ്യതയെ അദൃഢായജ്ഞരൂപ യജ്ഞരൂപങ്ങളായ പ്ലവങ്ങൾ അദൃഢങ്ങളാണ് ശക്തിരഹിതങ്ങളാണ് പോരാവയ്ക്ക് ശക്തി മതി സ്വർഗത്തിലേക്ക് എത്താൻ ധാരാള സ്വർഗത്തിലേക്ക് എത്താൻ ധാരാളമാണ് പക്ഷേ സംസാര സമുദ്ര തരണത്തിനിത് മാത്രവുമല്ല പുരവിമാംശകൻ പറയുന്ന ദേവതാവിശേഷങ്ങളുണ്ടല്ലോ അഗ്നിയായാലും ഇന്ദ്രനായാലും വരുണനായാലും വായുവായാലും മിത്രനായാലും തൊഷ്ടാവായാലും വിഷ്ണുവായാലും രുദ്രനായാലും അങ്ങനെ അനേക ദേവതകൾ വൈദിക ദേവതകളുണ്ട് എത്രയോ ദേവതകൾ ഈ ദേവതകൾ ഒക്കെ പലതാണെന്ന് കരുതി നീ കഴിയരുത് ഈ ദേവതകളാലെല്ലാം ലക്ഷ്യീകരിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഏകവും അദ്വിതീയവുമായ ഈശ്വരനാണ് അതുകൊണ്ട് ഈശ്വരൻ ഈശ്വരോപാസന എന്നൊരു തലം നിന്റെ യജ്ഞത്തിൽ വന്നാൽ മാത്രമേ അത് കേവലം കാമ്യം സ്വർഗ്യം എന്നുള്ളതിൽ നിന്നുപരിയെത്തൂടെ ദേവതകളെ പൂജിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ദേവതകളിലൂടെ ഈശ്വരൻ ലക്ഷ്യമാക്കപ്പെടണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെയാണ് പൂർവ വലിയൊരു വ്യത്യാസം വേദാന്തി കൊണ്ടുവരുന്നത് ഇന്നിപ്പോ പലപ്പോഴും പൂർവമീമാംസാ മാർഗത്തെ അവലംബിക്കുന്നവർ തന്നെ ഈശ്വരൻ എന്ന് ചേർത്ത് പറയും അത് വേദാന്തിയുടെ വിജയമാണ് ശ്രദ്ധിക്കും അപ്പൊ ഇവിടെ വേദാന്തി ചെയ്തത് ഒന്നിനെ നിഷേധിക്കുകയല്ല ഉയർത്തുകയാണ് ദേവതയെ സന്തോഷിപ്പിക്കാൻ മാത്രമുള്ള കർമ്മം എന്ന നിലയ്ക്ക് നിന്നും വൈദിക കർമ്മത്തെ ഈശ്വരോപാസനയായിട്ട് ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് നിഷേധിക്കുകയല്ല ഏവതയെ പൂജിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ല അവൻ പരിമിതമായ ലക്ഷ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ദേവതാ യജനത്തെ ഈശ്വരോപാസനയാക്കി ഉയർത്താൻ വേദാന്തിക്ക് സാധിക്കുന്നു ി തത് കുരുഷ മതർപ്പണം നീ എന്ത് ഹോമിക്കുന്നുവോ അത് എന്നിൽ അർപ്പിച്ചു ചെയ്യുവോ എന്ന് ഗീതാകാരൻ പറഞ്ഞത് ശ്രദ്ധിക്കുക ഇതാണ് വേദാന്തത്തിൻ്റെ വീക്ഷണം അവിടെ കേവലം ദേവതകളെ സന്തോഷിപ്പിച്ച് സ്വർഗം തുടങ്ങിയവയെ കാമിക്കുക എന്നുള്ളതിലുപരി താൻ ചെയ്യുന്ന ഓരോ ഹവിരർപ്പണവും അഥവാ ഓരോ കർമ്മവും ഈശ്വര പൂജയായി മാറുന്നു അതുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നു തേനേശ വിധീയതാമപചിതി തേന ഈശസ്യ അപചിതിയം ഇത് പുറമീമാംസകൻ ഇല്ലാത്ത ഒരു വിഷയമാണ് പുറമീമാംസകൻ മന്ത്രങ്ങളെ കൊണ്ട് ദേവതകളെ യചിക്കുന്നു അതിലൂടെ സ്വർഗം കാമിക്കുന്നു അവിടെ കഴിഞ്ഞു ദേവതയിൽ കഴിഞ്ഞു അതിൽ അപ്പൊന്നുമല്ല എന്നാൽ ആ ദേവതായജനത്തിൽ ഈശ്വരോപാസനാ ദൃഷ്ടി കൊണ്ടുവരാൻ ഇവിടെ ഉപദേശിച്ചു തേന അതിനെ കൊണ്ട് ഏതിനെ കൊണ്ട് ഇപ്പൊ തൊട്ടുമുമ്പെന്താ പറഞ്ഞ സോപാന പടിയ ഒന്നാമത്തത് വേദോനിത്യമധീയതാം ഒന്നാമത്തെ പടി കയറിയ എന്നാലേ രണ്ടിലേക്ക് പറ്റുള്ളൂ അല്ലാണ്ട് രണ്ടിലേക്ക് പറ്റില്ല അപ്പൊ രണ്ട് പറഞ്ഞു തതുദിതം കർമ്മസ്വനുഷ്ഠീയത രണ്ടാമത്തെ പടിയായി വേദത്തിൽ പറഞ്ഞ കർമ്മത്തെ നല്ലതുപോലെ ചെയ്യൂ ശാസ്ത്രീയമായ ജീവിതക്രമം പാലിക്കൂ വൈദിക കർമ്മങ്ങളെ ചെയ്യൂ ലൗകിക കർമ്മങ്ങളായാലും ശാസ്ത്രോക്തമായ രീതിയിൽ ചെയ്യൂട്ടേന അതിനെക്കൊണ്ട് ഈ കർമ്മത്തെ കൊണ്ട് നിത്യാചരണ പദ്ധതിയെ കൊണ്ട് ഈശസ് അപചിതി ഹി വിധീയത ഈശ്വരന്റെ അപചിതി അപചിതി ചി ചയനെ ധാതു അപപൂർവകമാകുമ്പോൾ ഈശ്വരാരാധന എന്നുള്ള അർത്ഥമാണ് രൂഢമായി വന്നിട്ടുള്ളത് ധാതു അർത്ഥമല്ല അങ്ങനെയാണ് പ്രയോഗം വന്നിട്ടുള്ളത് പൂജ പൂജ എന്നർത്ഥം വരും ഇപ്പൊ തേന ഈശസ് അപചിതി ഹി വിധീയത വൈദിക കർമ്മണ വേദോക്തേന കർമ്മണ ഈശസ് ഈശ്വരസ്യ അപചിതിഹി പൂജ വിധീയതാം വൈദിക കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരന്റെ പൂജയെ ചെയ്താലും ആരാധനയെ ചെയ്താലും ഇപ്പോഴെയാണ് നമ്മുടെത് സമന്വയ ദൃഷ്ടി വേണ്ടത് ഏയ് അതൊന്നും അർത്ഥില്ലതാണ് എന്ന് പറഞ്ഞവനെ എതിർക്കുന്നതിന് പകരം അവൻ ചെയ്യുന്ന ദേവതായജന കർമ്മങ്ങളെ ഈശ്വരോപാസനയാക്കി ഉയർത്താൻ ശ്രമിക്കുക നിഷേധിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോണില്ല പൂർവമീമാംസകൻ യാഗം ചെയ്യുമ്പോൾ ആ യാഗത്തെ എതിർത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോണില്ല എന്തിനെതിർക്കുന്നത് വളവിയുള്ളൂ മറിച്ച് നീ ചെയ്യുന്ന ഈ യജനം ഈശ്വര പൂജയാക്കി തീർക്കൂ ണിച്ചു കൊടുക്ക അതാ വേണ്ടത് തോർത്തും സകാമമായ കാമ്യം മാത്രമായിരിക്കുന്ന തലത്തിൽ നിന്നും അതിനൊരു പടി പിടിച്ചുയർത്തുന്നു അതാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ദൃഷ്ടിയിലൂടെയാണ് ഭഗവാൻ ഭാഷ്യകാരൻ സനാതനധർമ്മ സംസ്ഥാപനം ചെയ്തത് ഇതിനെ എതിർത്തു നിഷേധിച്ചു ബുദ്ധൻ അതുകൊണ്ട് ബുദ്ധൻ പരാജയപ്പെട്ടു വൈദിക കർമ്മങ്ങളെ നിഷേധിച്ചതുകൊണ്ട് ബുദ്ധൻ പരാജയപ്പെട്ടു ഭാഷ്യകാരൻ വൈദിക കർമ്മങ്ങളെ നിഷേധിക്കുകയല്ല ചെയ്തത് അതേസമയത്ത് പൂർവമീമാംസകൻ പറയുന്നത് പോലെ ഇത് ദേവതായജനത്തിനുള്ളതാണ് സ്വർഗപ്രാപ്തിക്കുള്ളതാണെന്ന് ഇവിടെ പറഞ്ഞില്ല അതിനു പകരം അതിനെ ഉയർത്തി തേനേശ്യ അപചിത്തി വിധീയതാം ഈ ദൃഷ്ടിയാണ് നമുക്കെപ്പോഴും വേണ്ടത് വളരെ താത്കാലികമായ ഹ്രസ്വമായ ഉദ്ദേശം വെച്ചുകൊണ്ടൊരാൾ കർമ്മം ചെയ്യുമ്പോൾ അതിനെ നിഷേധിക്കാൻ പോകരുത് ഏ അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയും എനിക്കെന്താ അധികാരമുള്ളേ ഞാനെല്ലാം ശരിയോ അറിയുന്ന ആളോ ഞാൻ പറയുന്നത് മാത്രം ശരിയോ മറിച്ച് അതിനെ ഉയർത്തു ജോഷ ഏത് സർവകർമാണി എന്ന ബുദ്ധിഭേദം ജനഏത് അജ്ഞാനം അജ്ഞന്മാരും കർമ്മസംഖികളുമായവരുടെ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കരുത് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അജ്ഞനായ ഒരാള് കേവലം സകാമിയായിരിക്കും അതിനായാലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനെപ്പോഴും കാമം മാത്രമേ ഉണ്ടാവുള്ളൂ കാമെന്ന് പറയുമ്പോ ഈ ഐഹികവും പാരത്രികവുമായ കാമങ്ങളുണ്ടാവും ഈ ലോക സംബന്ധിയും പരലോക സംബന്ധിയും ഈ ലോകത്തിലെല്ലാ സുഖം വേണം എന്നുള്ളത് ഒതുങ്ങുന്നില്ല അവന്റെ കാമം അവന്റെ കാമം മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ സ്വർഗത്തിലൊരു സീറ്റ് ഉറപ്പിക്കണം എന്നുള്ളത് ഉണ്ടാവും അതിനവൻ അറിയുന്ന പരിപാടിയാണെന്ത് യാഗവിശേഷ സ്വർഗകാമോ യജേത സ്വർഗം ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്തോളൂ അപ്പൊ സ്വർഗത്തെ ആഗ്രഹിച്ച് യാഗം ചെയ്തു അതിനെ നിഷേധിച്ചതുകൊണ്ട് പ്രയോജനമില്ല അതിനെ ഉയർത്തുന്നു നീ കേവലം സ്വർഗ കാമത്വത്തിലിരുന്നാൽ പോരാ ഈശ്വരോപാസന ചെയ്തുയരൂ ചിത്തശുദ്ധിയെ സമാർജിക്കൂ ഇപ്പോഴെയാണ് വാസ്തവത്തിൽ ബൗദ്ധന്റെ നിഷേധവും ശങ്കരാചാര്യസ്വാമികളുടെ ഈ ഉയർത്തലും മറ്റത് ബുദ്ധിഭേദമായി അത് ചെയ്യരുതെന്ന് ഗീതാകാരം പറഞ്ഞ ബുദ്ധിഭേദം ജനേത് അജ്ഞാന കർമ്മസംഖിന കർമ്മസംഖികൾ ഈ കർമ്മസംഖികൾ എന്ന് പറഞ്ഞാൽ മതി എല്ലാത്തിനെയും കർമ്മത്തിൽ അവര് ചിലപ്പോ ഈ ഈ കർമ്മസഖ്യകളെ കുറിച്ച് പറയുന്ന ഭാഗം പോലും ആ ആ ശ്ലോകം പോലും മന്ത്രമാക്കി എടുത്തിട്ട് വല്ല ഹോമം ചെയ്യുമെന്നറിയില്ല അങ്ങനെ ഉണ്ട് ഇപ്പോ കാലം അങ്ങനെ പോണം പോണേനുസരിച്ച് പുതിയ പുതിയ പലതും ഉണ്ട് ഗീതാ മന്ത്രങ്ങൾ വെച്ചിട്ടുള്ള ഹോമം വരെ ഉണ്ടെന്നാണ് കേട്ടത് ഗീതാ ഹവന അതെ കഴിഞ്ഞ ദിവസം നമുക്ക് എന്നൊരു വിവരം വന്നിട്ടുണ്ട് ഗീതാഹവനത്തിൽ എല്ലാവരും എത്തിപ്പെടണം സ്വാമിയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്താ ഗീതാ പുസ്തകത്തെ ഹോമിക്കുകയാണോ എന്താണത് ഗീതാഹവൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ എത്ര ആലോചന പിടികിട്ടിയിട്ടില്ല എന്തായാലും പോണ്ട് എത്ര ആലോചന പിടികിട്ട് എന്താ ഗീതാഹവനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭഗവത്ഗീതാ പുസ്തകത്തെ ഹോമിക്കുകയാണോ അപ്പൊ അതിൽ എന്താണ് ചെയ്യുക അതല്ല സ്വാമി ഗീതയിലെ മന്ത്രങ്ങളെ ഉപയോഗിച്ച് ഹോമം ചെയ്യുക ഗീതയിലെ മന്ത്രം ഹോമാർത്ഥമുള്ളതല്ല ഹോമാർത്ഥം വേറെ മന്ത്രങ്ങളുണ്ടല്ലോ അത് ഉപയോഗിച്ചാൽ പോലെ എത്ര മന്ത്രങ്ങളുണ്ട് വേദത്തിൽ മന്ത്രം കുറവാ എത്ര ആയിരം മന്ത്രങ്ങൾ അതും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലൂടെ ഇന്നത് ഇന്ന പോലെ ഉപയോഗിക്കണമെന്ന് ആചാര്യം ഒരു പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിരിക്കെ ഇത്തരം ജ്ഞാനശാസ്ത്രങ്ങളെ നമ്മൾ ഹോമാർത്ഥം വിനിയോഗിച്ചാൽ അത് പാതകമല്ലേ ചിന്തിക്കുക പക്ഷേ അങ്ങനെ വിനിയോഗങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇഷ്ടപ്പെട്ടാലും കൊള്ള ഇല്ലെങ്കിലും കൊള്ള ചില ഗീതാപുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പം ചിരി വരും കാരണം അതിൽ അതിനും ഉണ്ടാവും ന്യാസങ്ങൾ ന്യാസങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതായത് അനുഷ്ഠാനക്രമത്തിൽ എന്തൊക്കെ ഉണ്ടോ മന്ത്രാനുഷ്ഠാനത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ചേർത്ത് വെച്ചിട്ട് സങ്കൽപ്പം അത് കഴിഞ്ഞിട്ട് കരാധിന്യാസം കരന്യാസങ്ങൾ ഹൃദയാധിന്യാസം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പല പുസ്തകങ്ങളിലും ഗീതയുടെ അത് കഴിഞ്ഞ് രാജമനം അത് കഴിഞ്ഞിട്ട് ധ്യാനം അത് കഴിഞ്ഞിട്ട് ഗീതാപാഠം വളരെ സന്തോഷം പക്ഷേ കഷ്ടമെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല അതിനൊക്കെ വേറെ ഇഷ്ടം പോലെ മന്ത്രങ്ങളുണ്ട് നമുക്ക് മന്ത്രശാസ്ത്രം പോലെ സമൃദ്ധമായൊരു ശാസ്ത്രശാഖ വേറെയില്ല അത്രയ്ക്കധികം ആഗമെന്നോ നിഗമമെന്നോ പേരിട്ട് വിളിക്കപ്പെടുന്ന തന്ത്രം എന്ന ശാസ്ത്രം നമുക്ക് വിപുലമായിട്ടുണ്ട് അതുമല്ലെങ്കിൽ വേദത്തിൽ നിരവധി നിരവധി മന്ത്രങ്ങളുണ്ട് അവയുടെ പ്രയോഗവിധികൾ ബ്രാഹ്മണത്തിലുണ്ട് പോരെങ്കിൽ കൽപ്പത്തിലുണ്ട് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് കേവലം ജ്ഞാനശാസ്ത്രമായ ഗീതയെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുക എന്ന് പറയുമ്പോൾ സങ്കടം അല്ലാതെ വേറൊന്നും പറയാനില്ല സങ്കടത്തുനിന്ന് വരുന്ന ചിരിയാ വേറൊന്നുമല്ല പക്ഷെ അങ്ങനെയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നത് വെറുതെ പറയാന്ന് വിചാരിക്കരുത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് കണ്ടാലും നമ്മൾ അവന്റെ ബുദ്ധിഭേദം കാരണം അവൻ പാവാ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത് അങ്ങനെ അവന് അതിനെ ഉയർത്താൻ ജോഷയേത് പ്രേരയേത് സർവകർമാണി അവനെ കർമ്മങ്ങളിലൂടെ പ്രേരിപ്പിക്കുക സത്കർമ്മങ്ങളിലൂടെ പ്രേരിപ്പിക്കുക എന്നിട്ട് ഈ കർമാചരണത്തിലൂടെ ഈശ്വര പൂജയാക്കി തീർക്കാൻ അവനെ ഉയർത്തുക വ്യക്തമാണെന്തോ വ്യക്തമല്ലേ ക്രമമായിട്ടാണ് ഈ ഉപദേശങ്ങൾ അപ്പൊ അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട് എന്താ പ്രശ്നം ആദ്യം പറഞ്ഞു വേദം പഠിക്കാൻ രണ്ടാമത് പറഞ്ഞു വേദോക്തമായ കർമ്മം ചെയ്യാൻ വേദോക്തമായ കർമ്മങ്ങളിൽ എപ്പോഴും നമുക്ക് സകാമഭാവന കുടുങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ യാഗം ചെയ്യുന്നു എന്തിനാ യാഗം ചെയ്യുന്നേ എന്തിനാ എന്തിനാ യാഗം ചെയ്യുന്നത് സ്വർഗം കിട്ടാൻ വേറെ എന്തിനാ സ്വർഗം കിട്ടാനാണ് വേറൊന്നിനല്ല യാഗം ചെയ്യുന്നത് പിന്നെ അവാന്തര പ്രയോജനങ്ങൾ യാഗത്തിലുണ്ട് അത് മറ്റു പലതും ഉണ്ട് മുഖ്യപ്രയോജനം സ്വർഗപ്രാപ്തിയാണ് സ്വർഗകാമോ യജേത സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യൂ എന്ന് തന്നെയാണ് വിധി വേണ്ട എന്നൊന്നും പറയുന്നില്ല നല്ലതാണ് തീർച്ചയായിട്ടും നല്ലത് കാണാം സ്വർഗത്തിലും ആൾക്കാർ പോണ്ടേ അവിടെ പോയില്ല ഒഴിഞ്ഞു കിടക്കില്ല അവിടെ ഉള്ളവർക്ക് പണി ഉണ്ടാവുക എല്ലാവർക്കും തൊഴിൽ കൊടുക്കല്ലേ നമ്മുടെ ആവശ്യം അത് തീർച്ചയായിട്ടും വേണ്ടതാണ് പക്ഷേ പലരും വേണ്ട ശ്രദ്ധയിലാണോ ചെയ്യണതെന്ന് സംശയമുണ്ട് വൈദികങ്ങളായ കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ വിശ്വാസം വേണം ശ്രദ്ധ വേണം ഒരിക്കലും നമ്മൾ സ്ഥലത്ത് പോയപ്പോൾ ഒരു യാഗത്തിൽ പോയി ഒരു യാഗത്തിൽ പോയപ്പോൾ അവിടെ നമുക്ക് വളരെ പരിചയമുള്ള ഒരാൾ വളരെ പ്രേമുള്ള ഒരാളാണ് അയാൾ മന്ത്രം ചൊല്ലി കൊടുക്കുന്നുണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിയുണ്ട് ഓരോരോ മന്ത്രത്തിൻ്റെ അവസാനം പുത്രവുമേ ജായതാം എന്നാണ് ഓരോ പ്രാവശ്യം അവസാനം ചൊല്ല അങ്ങനെ നൂറ്റെട്ട് പ്രാവശ്യം അയാൾ ചൊല്ലിയിട്ട് ഹോമിക്കുന്നുണ്ട് അയാൾ ഹോമിക്കുകയല്ല അയാൾ ചൊല്ലിക്കൊടുക്കും അപ്പം കുറേ പേര് ഹോമിക്കും ഇല്ല മന്ത്രം അവസാനത്തെ വരി മറ്റ് പല വാക്യങ്ങളുണ്ട് മൂന്ന് മൂന്നും വരികളിൽ അവസാനത്തെ വരിയിലൊക്കെ ഇതാണ് പുത്രോമേ ജായത അപ്പോൾ അത് കഴിഞ്ഞു അയാളത് കഴിഞ്ഞു വന്നു ആ സ്വാമിജി വന്നപ്പോൾ ഞാൻ കർമ്മത്തിലായതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് സന്തോഷം എന്നാൽ നമുക്കൊരു കട്ടൻചായൊക്കെ തരിക എന്ത് മനസ്സിലായില്ല അല്ല എന്നാ എനിക്കൊരു കട്ടനചായ ഒക്കെ തരിക ചോദിച്ചേ സ്വാമി മനസ്സിലായില്ലോ അല്ല പുത്രോമേ ജായതാന്നല്ലേ പറഞ്ഞത് അപ്പോ ഉണ്ടായിരുന്നതിന് കല്യാണമൊക്കെ കഴിക്കുമല്ലോ ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല ബ്രഹ്മചാരിയാണ് മാത്രമല്ല ഇയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഞാൻ കല്യാണം കഴിക്കണില്ല എന്നുമാണ് അങ്ങനെയാ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണെന്നു ചേരി മകനുണ്ടാവണം എന്ന് നൂറ്റെട്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പൊ മകനുണ്ടാവും അത് വണ്ടാവണം ഉണ്ടാവണേ കല്യാണം കഴിക്കണമല്ലോ നേരാൻ വഴിക്കാവുമ്പോ അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞങ്ങളേക്കൊന്ന് വിളിച്ചിട്ട് ജായൊക്കെ തരണ്ടേ ആ നിലയ്ക്കാ ചോദിച്ചത് എന്നാ ഒരു ഘട്ടം ജായ തരിക എന്ന് ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല സ്വാമി എന്നാ പിന്നെ ചൊല്ലാവോ അതൊന്നും സാരല്ലേ അത് പറ്റില്ല അവിടെ നമ്മൾ തെറ്റും താൻ ചെയ്യുന്ന മന്ത്രങ്ങളിൽ തനിക്ക് ഉറച്ച ശ്രദ്ധ വേണം സത്യത്വ ബുദ്ധി വേണം അല്ലാതെ വെറുതെ സ്വാഹാസഹം എന്ന് വലിയൊരു കാര്യമൊന്നുമില്ല ചെയ്യുന്നതിൽ സത്യത്വം ഇതുകൊണ്ട് ഇന്നത് സംഭവിക്കും സംഭവിക്കുന്ന തന്നെ ദൃഢശ്രദ്ധ വേണം അതില്ലാണ്ട് വെറുതെ ചെയ്തിട്ട കാര്യമല്ല നമ്മൾ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ട് ആ പൂജ ചെയ്യുമ്പോൾ പരിപൂർണമായ ശ്രദ്ധയില്ലെങ്കിൽ അതെങ്ങനെ പൂജയാവും അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ പ്രാർത്ഥന ചെയ്യുന്നുണ്ട് എനിക്കിത് കിട്ടണം എന്ന് യാച്ചിട്ട് പറഞ്ഞു ചെയ്യുന്നുണ്ട് ഇതെനിക്ക് കിട്ടിയിരിക്കും എന്നുള്ള ഉറപ്പ് വേണ്ടേ എന്താ അഭിപ്രായം ഇല്ല ചിന്തിക്കുക ഇവിടെ കൊള്ളങ്ങോട്ടമ്പലത്തില് ഇന്ന വഴിപാട് ചെയ്താൽ എനിക്ക് ഇന്നത് കിട്ടും എന്ന് ഉറപ്പ് വേണം കിട്ടുവോ കിട്ടൂലേ കിട്ടിയാ കിട്ടട്ടെ ഇല്ലെങ്കിൽ കാര്യം ചെയ്യാം വേറൊരു സ്ഥലത്തും കൂടി ചെയ്യാന്നേ അതിന്റെ ഫലമായിട്ട് അതും കൂടി കിട്ടിയാലോ രണ്ടും കിട്ടാൻ പോണില്ല കാരണം ഉറപ്പില്ല ഉറപ്പില്ല ഉറപ്പുള്ള ആൾക്ക് നിശ്ചയാണ് ഇവിടെ ചെയ്താൽ കിട്ടും സംശയമില്ല എറണാകുളത്ത് ചൊവ്വാഴ്ച പള്ളി ഉണ്ട് കലൂര് സാധാരണ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയാണ് പള്ളിക്ക് വിശേഷം കാരണം ആറ് ദിവസം ദൈവം ലോകം സൃഷ്ടിച്ചിട്ട് പണിയെല്ലാം കഴിഞ്ഞ് സൃഷ്ടി പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ചു ദി ഡേ ഓഫ് സബാത്ത് അതാണ് ഹോളിഡേ അതുകൊണ്ട് സൺഡേ ഹോളിഡേ ആയത് പാട ചോദ്യം വരുന്നുണ്ട് ഇടയി ഈ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞായർ തിങ്കൾ ചാബുധൻ വ്യാഴം പള്ളി ശനിയുണ്ടോ അത് വേറെ വിഷയം സ്വാമി യുക്തിപൂർവ്വം ഒന്നും ചോദിക്കാൻ പാടില്ല ഇവിടെ കിതാബ് പറഞ്ഞത് സ്വീകരിച്ചോളൂ അതിരിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കണം നമുക്കതിരിക്കട്ടെ നമുക്ക് എന്നും പണിയെടുത്തോളാം എന്നാൽ രോഗം വല്ലതും വരുന്നത് ക്ഷീണം വരുന്നത് അപ്പം വിശ്രമിച്ചോളൂ അല്ലാണ്ട് ഡെയിലി പണിയെടുത്തോളൂ അതാണ് നമ്മുടെ സങ്കല്പം നമുക്ക് ഹോളിഡേ ഇല്ല എല്ലാ ദിവസവും ഹോളിഡേ ആണ് ഹോളിഡേ ഇല്ല എന്നും ഹോളിഡേ െ അപ്പൊ അവിടെ ചൊവ്വാഴ്ചയാക്കി മാറ്റിട്ടുണ്ട് ഞായറാഴ്ച എന്നുള്ളത് മാറ്റി കലൂരാണത് ആയിരക്കണക്കിന് പേരാ ചൊവ്വാഴ്ച ഒത്തുകൂടുന്നത് ഒക്കെ ശക്കാമമായ പ്രാർത്ഥനയാണ് സ്വാമി ഓ ഞാൻ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു എന്നറിയോ എന്നിട്ടൊന്നും കാര്യം കിട്ടിയില്ല ഈ ചൊവ്വാഴ്ച പള്ളി പോയപ്പോ കാര്യം കിട്ടി ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഏജന്റുമാരെ പേരാന്നറിയോ ഇഷ്ടം പോലെ പേരാ പ്രത്യേകിച്ച് അവിടെ താല്പര്യമുള്ളവർ പോയിക്കോളൂ പ്രത്യേകിച്ച് അവിടെ ഇരുപത്തൊന്ന് പ്രാവശ്യം ശ്രദ്ധിക്കണേ പ്രാവശ്യം ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊവ്വാഴ്ചപ്പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ കല്യാണം നടക്കും അപ്പൊ നമ്മൾ എറണാകുളത്ത് വെച്ചിട്ട് പ്രസംഗിച്ചു തീർച്ചയായിട്ടും നടക്കും കാരണം ഇരുപത്തൊന്ന് പ്രാവശ്യം ചെക്കനും പെണ്ണും ഇങ്ങനെ കാണുക നീ എന്താ പ്രാർത്ഥിക്കണത് കല്യാണം നടക്കണം ഞാനും അതിന് എന്താ പറയുക നമുക്ക് ഇങ്ങടായിക്കൂടെ എന്താ പതിന താമസം അപ്പോൾ നമ്മൾ പറഞ്ഞോടെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് പ്രാവശ്യമൊന്നും വേണ്ട തിരുമന്ധം കൊന്ന് പോയിട്ട് ഉമാമഹേശ്വരം പൂജ ചെയ്യൂ കല്യാണം നടന്നിരിക്കും ചിദാനന്തപുരി സ്വാമിയാണ് പറയണത് സ്വാമി എന്താ പത്രം ഉറപ്പ് എടേ അവന് ഇരുപത്തൊന്ന് പറയാച്ചാൽ നമുക്ക് മൂന്ന് പറഞ്ഞു അവിടെ അവനുമല്ല ഉറപ്പുണ്ട് ഒരോറപ്പില്ലാണ്ട് അവൻ ഉറപ്പ് കൊടുക്കുകയാണ് കാരണം ഉറപ്പ് കൊടുത്ത ദൃഢശ്രദ്ധ സമൂഹത്തിനുണ്ടാവും ഈ ദൃഢശ്രദ്ധ നമ്മളിൽ പ്രവർത്തിക്കും നമ്മളിലുണ്ടാവുന്ന ദൃഢശ്രദ്ധ കൊണ്ട് കാര്യം കിട്ടാതിരിക്കില്ല അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കും മനസ്സിന്റെ പ്രവർത്തനങ്ങൾ നടക്കും ദൃഢമായ ശ്രദ്ധ ഉണ്ടെങ്കിൽ അത്ര ഉണ്ടോ നമുക്ക് നമ്മളോട് കൊള്ളം കൊണ്ട് ഒരുപാട് ചെയ്യുകയും ചെയ്യും ഒപ്പത്തിനൊപ്പം നമുക്ക് കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ ഇല്ല ഒരിക്കലും കിട്ടാൻ പോകണില്ല ശ്രദ്ധയുള്ളവന് മാത്രമേ ഫലം കിട്ടൂ അവിടെ ഉറച്ച ശ്രദ്ധ വേണം ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ ദിവസം ആൾ ചോദിച്ചു ഇന്നലെയാണ് ഒരു പ്രഭാഷണ സമയത്ത് ഒരാൾ ചോദിച്ചു സ്വാമി എന്റെ അനുഭവമാണ് പല അമ്പലത്തിനും പോയി പ്രാർത്ഥിച്ചു പക്ഷെ കാര്യം കിട്ടിയില്ല പക്ഷെ പോട്ട ധ്യാനത്തിന് പോയപ്പോ എനിക്ക് ഫലം കിട്ടി അതെന്തുകൊണ്ടാണ് നിനക്ക് അമ്പലത്തിൽ പോയപ്പോ ഒന്ന് യാതൊരു ശ്രദ്ധയുണ്ടായിരുന്നില്ല ഉറപ്പുണ്ടായിരുന്നില്ല നീ പലതും ചെയ്ത കൂട്ടത്തിലൊന്നും മറ്റാതല്ല മറ്റത് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അനേകം ഏജന്റുമാരുടെ പലതും കേട്ട് കേട്ട് ഉറച്ചൊരു ശ്രദ്ധയോടുകൂടിയാണ് പോണത് രണ്ട് അവിടെ വർദ്ധിച്ച ശബ്ദങ്ങളുടെ ഒരു മേഖല ഉണ്ടാക്കിയിട്ട് ഈ അക്കോസ്റ്റിക് ഇഫക്റ്റ് ഉണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കേൾക്കാനുള്ള ശബ്ദത്തിലാണ് ഇവിടെ സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ചിട്ടുള്ളത് നേരെ മറിച്ച് പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ വ്യക്തിയെ കീഴടക്കുന്ന തരം ശബ്ദഘോഷങ്ങൾ അത്ര വലിയ ഈ ആംപ്ലിഫയിങ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഒന്ന് പല സ്ഥലത്തും പോയി പ്രഭാഷണം ചെയ്യാൻ തന്നെ പേടിയ കാരണം ആവശ്യമുള്ളതിന്റെ നൂറിരട്ടി ആ ശബ്ദം വെക്കും ഇവിടെ വളരെ നന്നായിട്ടുണ്ട് മറ്റത് അഞ്ചും പത്തും പെട്ടി കൊണ്ടുവന്നിട്ടിങ്ങനെ നെഞ്ചു മുട്ടിക്കും ആ ഡോക്ടർമാർക്ക് സുഖം കിട്ടും അത്ര കറിയുമ്പോൾക്ക് രോഗ ഒരു പ്രഭാഷണം കഴിയുമ്പോഴത്തേക്ക് നെഞ്ചു മുടിക്കും അങ്ങനത്തെ ശബ്ദം അപ്പം ആവശ്യത്തിലധികമാണ് ഇത് അതിന്റെ ഒപ്പം നൂറിരട്ടിയിലാണ് വയ്ക്കുന്നത് അത് കൂടാതെ ലൈറ്റിന്റെ ഇഫക്റ്റുമുണ്ട് പോരെങ്കിൽ ഇന്നത്തെ പുതിയ ലേസർ ടെക്നിക്ക് പലതും ഉപയോഗിച്ച് രൂപങ്ങളെയൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഈ ഇഫക്റ്റ് എല്ലാം കൂടി ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു കലക്റ്റീവ് മൈൻഡ് രൂപപ്പെടണം സമൂഹ മനസ്സ് രൂപപ്പെടും ആ സമൂഹ മനസ്സിന് വ്യക്തി മനസ്സിനെ അടിമയാക്കും അങ്ങനെ വ്യക്തി മനസ്സിനെ അടിമയാക്കാൻ സാധിച്ചാൽ അവിടെ ഒരു മാസ് ഹിപ്നോട്ടിസം നടക്കും ഈ മാസ് ഹിപ്നോട്ടിക് ഇഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിക്കുന്നു അതിലാണ് അവനെ നമ്മൾ പൂജിക്കേണ്ടത് അവ കാര്യം നടക്കും ഇത്ര ശ്രദ്ധ നിനക്കുണ്ടോ അമ്പലത്തിൽ പിന്നെ നീ നൂറ് സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം ഇനി ഈ ഒരു ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനക്രമ അമ്പലത്തിലുണ്ടോ അതുമില്ല മൂന്ന് വിഷമിക്കുന്ന ഒരു സമയത്ത് അവന് വിഷമം ഇല്ലാതാക്കി കൊടുക്കാനുള്ള ഒരു സാന്ത്വന വച അമ്പലത്ത് കിട്ടുക ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഓരോ ക്ഷേത്രത്തിലും അത് വേണം വരുന്ന ഭക്തന്മാരോട് ഒന്ന് സൗമ്യമായി സ്നേഹമായി അവരുടെ ദുഃഖങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ടാവുന്ന രീതിയിൽ പൂജകനൊന്ന് സംഭാഷണം ചെയ്യുക രണ്ട് ലോഹിയെ ചോദിച്ചാൽ മതി വേറൊന്നും വേണ്ട ഇത് തൊട്ടുകൂടാ അത് കിട്ടിക്കൂടാ മാറും നമ്മൾ പലപ്പോഴും പരിപാടിക്കും അല്ലാതെ വിഷമം മാറും സ്വാമി സാമികൾ മാറ്റിക്കൊടുക്കുന്നു സ്വാമിക്കോ എന്താ അവൻ നീ മാടിക്കൊടുക്കുന്നത് അവനെ ഞാൻ മാറ്റിക്കൊള്ളില്ലേ തുടരുത് തുടരുത് ഇതാ നമുക്കുള്ളത് അകൽച്ചയാണ് അകലതയാണ് ഇതൊക്കെ മനഃശാസ്ത്രപരമായി സമൂഹശാസ്ത്രപരമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുക വളരെ അത്യാവശ്യമുള്ള സ്ഥിതിയാണിത് തമാശ പറയാന്ന് വിചാരിക്കരുത് അതുകൊണ്ട് ദൃഢമായ ശ്രദ്ധ നമുക്ക് വേണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഫലം പ്രാപിച്ചിരിക്കും അതുകൊണ്ട് സാധിക്കും എന്താ സംശയം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇവിടെ അങ്ങനെയാണെച്ചാൽ അങ്ങനെ എങ്ങനെയാണെച്ചാൽ അങ്ങനെ അതുപോലെ ഉറച്ച ദൃഢശ്രദ്ധ വേണം അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് തിരിച്ചു വരാം സകാമമായ ഭാവത്തോടുകൂടി സ്വർഗപ്രാപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ടും മറ്റ് പല പല കാമനകളെ ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമാണ് കേവല പൂർവമീമാംസകന്റെ കർമ്മം നടക്കുന്നത് ഇവിടെയാകട്ടെ ഈശ്വരനെ പൂജിക്കാൻ പറഞ്ഞു അതാണ് പൂർണ്ണമീമാംസയിൽ നിന്ന് വ്യതിയാനം വരികയാണ് ഉത്തരമീമാംസയിലേക്ക് വേദാന്തത്തിലേക്ക് അത് നിഷേധിക്കുക അല്ല ചെയ്തത് അതിനെ വളർത്തുകയാ ചെയ്തത് അപ്പോൾ അവിടെ പ്രധാനമായൊരു വിഷയം പുറമീമാംസകൻ ഇന്നലെ ചെയ്ത സകല കർമ്മങ്ങളിലും സകാമത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാമ്യഭാവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാമ്യഭക്തി എന്നൊന്നും പറഞ്ഞേക്കരുതേ അവന് ഭക്തിയില്ല പുറമീമാംസകന് ഭക്തിയൊന്നുമില്ല ഭക്തി എന്ന വിഷയമൊന്നും അവിടെ വരുന്നില്ല മന്ത്രപൂർവം ദേവതകളെ ഹവിരർപ്പണം ചെയ്ത് സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ അതിനെ ഇവിടെ ഉയർത്തുകയായി എന്താണത് കാമ്യബുദ്ധിയെ ത്യജിച്ചാലും കാമ്യേം അതിസ്ഥ്യതാം പുറമീമാംസകന്റെ സകല കർമ്മങ്ങളിലും കാമനയാണ് സ്വർഗം പ്രാപിക്കണം അത് പ്രാപിക്കണം ഇത് പ്രാപിക്കണം എന്നുള്ള കാമനയാണ് ഈ കാമ്യത്തിലുള്ള ബുദ്ധി എന്നീ ഉപേക്ഷിച്ചാലും എന്താ കാമ്യം അല്പമായതാണോ നിനക്ക് കാമ്യം അല്ല കാമനയുണ്ടെങ്കിൽ അനൽപമായത് കാമിക്കണ്ടേ എന്തായാലും നിനക്ക് കാമനയുണ്ടെങ്കിൽ അനൽപ്പമായത് കാമിക്കൂ അതുകൊണ്ട് താത്കാലികങ്ങളായ പല പല വിഷയങ്ങളിലുള്ള നിന്റെ കാമനകളുടെ ബുദ്ധി നീ ത്യജിച്ചാലും അതിക്രമിച്ചാലും ഇവിടെ ത്യജിച്ചാലും എന്ന് പറഞ്ഞാൽ നമ്മളതിന് സ്ഥൂലാർത്ഥം മനസ്സിലാക്കരുത് കാരണം ത്യജിക്കുക ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കണം അല്ലാതെ തെജി എന്തെങ്കിലും അതിനെ നമ്മൾ ത്യജിച്ചു എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും അധികം ഉണ്ടാവുക ഇല്ലേ ഇല്ല അതിക്രമിക്കുക എന്ന് തന്നെ അർത്ഥം മനസ്സിലാക്കണം അപ്പോഴേ ത്യജിക്കലാവുന്നുള്ളൂ അല്ലെങ്കിൽ ത്യജിക്കലാവില്ല അല്ലാണ്ട് ത്യജിച്ചോച്ചാൽ നമുക്ക് പരിചയമുള്ള ഒരാളെ പോലെയാവും അതേതാ നമുക്ക് പരിചയമുള്ള ഒരാള് അയാള് കാശിപ്പോയി കാശി പോയിട്ട് വൈദികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് തർപ്പണങ്ങളൊക്കെ ചെയ്ത് അപ്പൊ പറഞ്ഞു കാശി പോയി ചെയ്താ ഗയലും പോയി ചെയ്യണം ഏ പിന്നെ ഗയലും പോയിക്കളാം അങ്ങനെ ഗയെ പോയി ിൽ പോയിട്ടായാലും ചിലതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടുന്ന് ചെയ്തപ്പോ ഈ പീണ്ടദാനമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടുത്തെ ഈ വണ്ടകൾ പറഞ്ഞു ഇവിടെ വന്നിട്ട് ശ്രാദ്ധ ഊട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനം ഉപേക്ഷിക്കണം അയ്യ എന്താപ്പോ ഉപേക്ഷിക്ക ഭഗവാനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട സാധനം നീ ഉപേക്ഷിച്ചോളൂ അപ്പോ അവൻ ആലോചിച്ച് നോക്കി എന്താപ്പോ ഉപേക്ഷിക്കേണ്ടത് അങ്ങനെ ആലോചിച്ച് നോക്കി വെണ്ടയ്ക്കായിക്കോട്ടെ ശരി വെണ്ടക്ക ഉപേക്ഷിച്ചു ശരി ഉപേക്ഷിച്ചോ ഉപേക്ഷിച്ചു എന്താ ഉപേക്ഷിച്ചത് വെണ്ടക്ക ഉപേക്ഷിച്ചു റൈറ്റ് കർമ്മമൊക്കെ കഴിഞ്ഞു ദക്ഷിണയൊക്കെ കൊടുത്തു പോന്നു പോന്നു ഉപേക്ഷിച്ചതാണ് കേട്ടോ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു അയ്യോ വെണ്ടോ ഇതിൽ സപ്ലയറെ പഠിച്ചു ഒരു വെണ്ടോ അത് ഞാൻ കഴിക്കില്ല അത് വേണ്ടി വേണ്ട ഇല്ലാത്തത് ഒരു വിധത്തിൽ അയാൾ എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടാ യാത്ര ചെയ്തെന്നറിയല്ല നാട്ടിൽ തിരിച്ചെത്തി സ്വീകരിക്കാൻ ഭാര്യ തയ്യാറാക്കിയിരിക്കുക കറിഞ്ഞു വെണ്ടോ അതിന് വെണ്ട ഞ ഞാൻ ഉപേക്ഷിച്ചതാണ് ഓ ഞാൻ വെണ്ട ഇട്ടിട്ടാണല്ലോ അതാ പറ്റില്ല വേറെ ഉണ്ടാക്കൂ ദിവസവും കറി ഉണ്ടാക്കുമ്പോൾ വെണ്ട ഇടുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടാക്കി എടുത്ത് മാറ്റിവെക്കണം കേട്ടോ വേണ്ട പറ്റില്ല വെണ്ടയ്ക്കാൻ പറ്റില്ല കൂട്ടുകാരെ വീട്ടിൽ പോയാൽ ഇയാളെ മനസ്സിൽ വേണ്ടയ്ക്ക ഹോട്ടലിൽ പോയാൽ വെണ്ടയ്ക്ക വീട്ടിൽ വെണ്ടയ്ക്കാം എപ്പോഴും ഇയാൾ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഒരൊറ്റയാളാണ് എന്താണ് കണ്ടയ്ക്കാം ഇതിനെ അയാൾ ഉപേക്ഷിച്ചതാണോ എന്തുപേക്ഷ നടന്നത് ഉപേക്ഷ അല്ല നടന്ന അതാണ് അയാൾക്ക് മനസ്സിൽ എപ്പോഴും ഉള്ളത് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കയറി ഉപേക്ഷിച്ചിട്ടൊരു കാര്യമില്ല എന്തിനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇല്ലേ സംശയമില്ല അതുകൊണ്ട് തന്നെ കാമ്യത്തിലുള്ള ബുദ്ധിയെ ഉപേക്ഷിക്കുക പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കരുത് അതിക്രമിക്കുക അപ്രസക്തമായി തീരുക വലിയൊരു കാമന വന്നു കഴിഞ്ഞാൽ ചെറിയ കാമനിയൊക്കെ അപ്രസക്തമായി അതെ അപ്രസക്തമായി തീരുകയാണ് ഈ ലോകത്തിലും പല ലോകത്തിലും മറ്റുള്ള പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് ശരിയായ ഈശ്വരാനുഭൂതിയിൽ അല്ലെങ്കിൽ ഈശ്വര ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ശരിയായ ഈശ്വര ശ്രദ്ധയിൽ അല്പമായ സകലവും അപ്രസക്തമായി തീരുന്നുണ്ട് അപ്രസക്തമായതെന്തോ അത് ഉപേക്ഷിക്കപ്പെടുന്നു അതിന് പിന്നാലെ നമ്മളാരും ഓടാറില്ല അവിടെ കിടക്കട്ടെ അത്രയേ ഉള്ളൂ ഉപേക്ഷാ ബുദ്ധിയാണ് അതിന് അതിനെ നേടാനും പോണില്ല നഷ്ടപ്പെടുത്താനുമുള്ളൂ ഒന്നും ഉപേക്ഷ അത്രയേ അതുകൊണ്ട് ഇന്നലെ വരെ നിനക്ക് വളരെ പ്രസക്തമായിരുന്ന കാമ്യ വിഷയങ്ങൾ നിനക്ക് ഇന്ന് അപ്രസക്തമായി തീരുന്നു കാമ്യേ മതി ത്യജ്യതാം അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ അവിടെ പോണം സ്വർഗം തന്നെ പോലതുണ്ട് അവിടെയൊക്കെ പോകണം അവിടെ സീറ്റ് ഉറപ്പിക്കണം എന്നുള്ളതായ ബുദ്ധിയെ നീ ഉയർന്ന തത്വവിചാരം കൊണ്ട് ഈശ്വരോപാസന കൊണ്ട് ഈശ്വര തത്വാനുസന്ധാനം കൊണ്ട് അപ്രസക്തമാക്കി തീർത്താലോ അല്ലാതെ ഉപേക്ഷിക്കാൻ പറ്റില്ല അല്ലാണ്ട് ഞാൻ സ്വർഗകാമന മുഴുവൻ ഉപേക്ഷിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ മുഴുവൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് സ്വർഗമായിരിക്കും അർത്ഥം മനസ്സിലാക്കുക ഇങ്ങനെ കാമ്യേ മതി ത്യജ്യതാം അപ്പോ ഉപദേശം ഒന്ന് വേദ നിത്യം അധീയതാം രണ്ട് തതുദിതം കർമ്മ സ്വനുഷ്ഠീയതാം മൂന്ന് തേന ഈശസ്യ അപചിതി വിധീയതാം നാല് കാമ്യേ മതിഹി തെച്ചിയെട്ടാം കടന്നെ ബാക്കി നമുക്ക് തുടർന്ന് നാളെ കൃത്യസമയത്തിന് ചിന്തിക്കാം കർമ്മത്തിന്റെ ഗതി ദുർജ്ഞേയമാണെന്ന് കേട്ടിട്ടുണ്ട് കർമ്മത്തിന്റെ പിജിവുകൾ ഏതെല്ലാമാണ് പ്രാരബ്ധകർമ്മം അനുഷ്ഠിക്കുന്നതിനാണ് ജന്മം എടുക്കുന്നതെന്ന് പറയുന്നു പ്രാരബ്ധകർമ്മത്തിന്റെ സ്ഥൂല ആവിഷ്കാരമല്ലേ ജീവിതം അതുകൊണ്ട് തന്നെ വിധി അനുസരിച്ചല്ലേ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ പിന്നെ പുരുഷ പ്രയത്നത്തിന്റെയും സാധനയുടെയും പ്രാധാന്യം എന്ത് സ്വാമിജി ദയവായി പറഞ്ഞു തരിക വളരെ സന്തോഷം നല്ല വിഷയമാണ് കർമ്മത്തിന്റെ ഗതി ദുർജ്ഞേയമാണ് ഗഹനാ കർമ്മണോ ഗതി ഗഹനാ കർമ്മണോ ഗതി കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ വാക്യമാണ് വളരെ ഗഹനമാണ് ദുർവിജ്ഞേയമാണ് പുറമെ കാണും പോലെയൊന്നുമല്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് കർമ്മം എന്നുള്ളത് ഒരു ധാരണ നമുക്കുണ്ടാവണം എവിടെയാണ് ഭഗവാൻ ഗഹനമാണ് കർമ്മണോ ഗതി കർമ്മത്തിന്റെ ഗതി എന്ന് പറഞ്ഞത് കർമ്മണോഹ്യ വി ബോധവ്യം ബോധവ്യം ച വികർമ്മ അകർമ്മണ ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി ഇവിടെയാ പറയുന്നത് അതായത് കർമ്മത്തിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ് വികർമ്മത്തിന്റെ തത്വം അഥവാ രഹസ്യം അറിയപ്പെടേണ്ടതാണ് അകർമ്മത്തിന്റെ തത്വം അഥവാ രഹസ്യം അറിയപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ് അഗാധമാണ് ബാഹ്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതല്ല വളരെ ഗഹനമാണ് പുറമെ കാണുമ്പോഴൊന്നും അല്ല എന്ന് പറഞ്ഞത് അതിനുശേഷമാണ് അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ഇത് മൂന്ന് മനസ്സിലാക്കണം കർമ്മം വികർമ്മം അകർമ്മം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് സ്പഷ്ടമായി പറഞ്ഞു തരുന്നു ചെയ്യപ്പെടേണ്ടതെന്തോ അതാണ് കർമ്മം ചെയ്യരുതാത്തതെന്തോ അതാണ് വികർമ്മം ചെയ്യായിക എന്താണോ അതാണ് അകർമ്മം ചെയ്യേണ്ടത് കർത്തവ്യം കാര്യം എന്നൊക്കെ പറയാം ചെയ്യേണ്ടതെന്തോ അത് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആശ്രമത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യേണ്ട പലതുമുണ്ട് അങ്ങനെ ചെയ്യേണ്ടുന്നതായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് കർമ്മം ചെയ്യരുതാത്തത് നിഷേധിക്കപ്പെട്ടത് ആർക്ക് നിഷേധിക്കപ്പെട്ടത് ഒരാൾക്ക് ഒരു ദേശത്തിൽ ഒരു കാലത്തിൽ ശാസ്ത്രത്താൽ ആചാര്യന്മാരാൽ നിഷേധിക്കപ്പെട്ടത് അത് വേറൊരാൾക്ക് വേറൊരു കാലത്ത് വേറൊരിടത്ത് അങ്ങനെയല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾക്ക് ഒരു സ്ഥലത്ത് അനുഷ്ഠേയമായിരിക്കില്ല വേറൊരു സ്ഥലത്ത് ഒരു കാലത്തിൽ അനുഷ്ഠേയമായിരിക്കില്ല വേറൊരു കാലത്ത് അപ്പൊ വ്യക്തി ദേശം കാലം എന്നിവയ്ക്കനുസരിച്ച് അനുഷ്ഠയം മാറുന്നുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ വികർമ്മം കരുതാത്തത് എന്നറിയണം ഇപ്പൊ ക്ഷേത്രത്തിൽ വന്നു നമ്മൾ വീട്ടിലിരിക്കുകയാണ് അപ്പൊ വീട്ടിൽ ചിലപ്പോൾ കർമ്മം ക്ഷേത്രത്തിൽ വികർമ്മമായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്രത്തിൽ കർമ്മം ചിലപ്പോൾ വീട്ടിൽ അകർമ്മമായിരിക്കും മനസ്സിലായില്ല വീട്ടിൽ ചെയ്യാവുന്ന എല്ലാം ക്ഷേത്രത്തിൽ ചെയ്യാം പറ്റില്ല ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതെല്ലാം വീട്ടിൽ ചെയ്തോളെന്നില്ല അതുപോലെ കാലം തനുപ്പുകാലത്ത് ചെയ്യേണ്ടതാവില്ല ചൂടുകാലത്ത് ചെയ്യേണ്ടത് ചൂടുകാലത്ത് ചെയ്യേണ്ടതാവില്ല മഴക്കാലത്ത് ചെയ്യേണ്ടത് ഓരോ കാലത്തിനും വ്യത്യാസമുണ്ട് വ്യക്തി ആ വ്യക്തി തന്നെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ദേശകാലങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും മാറ്റമുണ്ട് ഇത് അറിഞ്ഞ് ചെയ്യണം ഓരോരുത്തരും അവനവന്റെ കർത്തവ്യം എന്തെന്ന് അറിഞ്ഞ് ജീവിക്കണം ഇപ്പൊ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ചെയ്യരുതാത്തത് വികർമ്മം ചെയ്യേണ്ടത് കർമ്മം ചെയ്യായി അതാണ് ആ കർമ്മം ചിലപ്പോ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് ആരെക്കുറിച്ച് വിചാരിക്കുന്നുവോ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും നമുക്കറിയില്ല നമ്മൾ പുറമെ കാണുന്നതല്ല കർമ്മം പുറമേ ഒരാൾ ഒന്നും ചെയ്യണില്ല ചോളൂ അൾ ചെയ്യണില്ല എന്ന് പറയാൻ പറ്റില്ല അയാളായിരിക്കും ഏറ്റവും അധികം ചെയ്യണത് വലിയൊരു ചെയ്തിക്ക് വേണ്ട ആലോചന ചെയ്തിട്ട് അയാൾ രൂപപ്പെടുത്തുകയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു സ്വാമിജി ഞാൻ ഒന്നും ചെയ്യണില്ലാന്നല്ലേ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് നാലഞ്ചു കൊല്ലത്തേക്ക് അതെ അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാമിയുടെ അടുത്ത് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് എന്റെ അടുത്ത് കംപ്ലയിന്റ് പറഞ്ഞിട്ട് ദാ അഞ്ചു കൊല്ലം ചെയ്യാതിരുന്നിട്ട് ഞാനിതാ ചെയ്യാൻ പുറപ്പെട്ടിരിക്കുക ഈ ഗ്രന്ഥരചന ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചു കൊല്ലം ഞാൻ ആലോചിച്ചിരുന്നത് അയാൾ തുടങ്ങിയിരിക്കുക ഗ്രന്ഥത്തിന്റെ പണി എന്നാവുന്നത് സന്തോഷം എല്ലാ ശുഭാശംസകളും ഭംഗിയായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പൊ അയാൾ ഈ അഞ്ചു കൊല്ലമൊന്നും ചെയ്യണില്ല എന്ന് അയാളുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ പറഞ്ഞേ ഒന്നും ചെയ്യണില്ല പക്ഷെ അയാൾ പറഞ്ഞത് ഈ അഞ്ചു കൊല്ലം ഞാൻ ഈ എഴുതാൻ പോണ ഗ്രന്ഥത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയാൻ പറ്റില്ല പുറമെ ചെയ്യണതോ ചെയ്യാത്തതോ അല്ല എന്റെ വിഷയം ഒരാൾ പുറമെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾ മനസ്സായില്ലാത്ത ചെയ്യണ്ട ഇല്ല അപ്പോ ഈ കർമ്മം വികർമ്മം അകർമ്മം ഇത് ബാഹ്യമായി കാണുന്ന പോലെയൊന്നുമല്ല അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇതിന്റെ തത്വം നല്ലപോലെ മനസ്സിലാക്കണം ഗഹനാ കർമ്മണോ ഗതി കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ് എളുപ്പം മനസ്സിലാവില്ല ശ്രദ്ധിക്കുക കർമ്മത്തിന്റെ പിരിവുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ പല പ്രകാരത്തിലുണ്ട് പ്രാരബ്ധവും സഞ്ചിതവും ആഗാമിയും ഒക്കെ ചിന്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇനി കർമ്മം എന്നുള്ളത് വേറെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുണ്യം പാപം മിശ്രം എന്ന രീതിയിൽ വിഭജിക്കുന്നുണ്ട് കർമ്മത്തെ തന്നെ ഇനി വേറെ രീതിയിൽ ഇപ്പോ നയ്യായികന്മാരോട് അല്ലെങ്കിൽ താർക്കികന്മാരോട് കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക ഉത്ക്ഷേപണം അപക്ഷേപണം ആക്കുഞ്ജനം പ്രസാരണം ഗമനം അഞ്ചാണ് കർമ്മം തർക്കശാസ്ത്രത്തിൽ കർമ്മം അഞ്ചാണ് മുകളിലേക്ക് അറിയുക താഴേക്ക് ബലം കൊടുക്കുക സൈഡിലേക്ക് വികസിക്കുക പിന്നെ കുഞ്ഞിയുക സഞ്ചരിക്കുക അഞ്ചയ കർമ്മമുള്ളൂ ഇതിലെല്ലാം ഒതുക്കും ലോകത്തിലെല്ലാ കർമ്മങ്ങളും ഈ അഞ്ചെണ്ണത്തിൽ അവർ ഒതുക്കും അങ്ങനെ അവർ വ്യാഖ്യാനിച്ചു തരും പിന്നെന്താ പ്രശ്നം അപ്പൊ താർക്കികന്മാരുടെ കർമ്മം എന്ന് പറഞ്ഞു അവർ ഈ പ്രാരബ്ദമാകാമെ ഒന്നും പറഞ്ഞു തരില്ല താർക്കികന്മാരെ കർമ്മം ഇതാണ് ഉക്ഷേപണം അപക്ഷേപണം ആകുജനം പ്രസാരണം ഗമനം യോഗികളോട് കർമ്മം ചോദിച്ചു എന്താ കർമ്മം അപ്പം ത്രിവിധം കർമ്മം മൂന്ന് പ്രകാരത്തിലാണ് കർമ്മം പാപം പുണ്യം മിശ്രം സാഖ്യന്മാരും അത് ഇനിയാ കർമ്മം എന്ന് പറയുക വയ്യാകരണന്മാരുടെ കർമ്മം എന്താണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കർത്തുരീക്ഷിതം കർമ്മ കർത്താവ് ക്രിയയിലൂടെ എന്താണോ ചെയ്യാനിച്ഛിക്കുന്നത് അതാണ് കർമ്മം കേവലമായ ക്രിയാരൂപവും കർമ്മമാണ് ഇനി ഗതി ഫലത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മത്തെ നിരൂപണം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല പറയുക അവിടെ പറയും പ്രാരബ്ധം സഞ്ചിതം ആഗാമി എന്നൊക്കെ ഇത് തിരിവനുസരിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് വ്യാഖ്യാനം മാറും അപ്പൊ ഇവിടെ പ്രാരബ്ധെന്ന് പറഞ്ഞാൽ പ്രാരബ്ധെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം എന്താ സഞ്ചിതം അനേക ജന്മങ്ങളിലൂടെ ചെയ്ത കർമ്മത്തിന്റെ ഫലരൂപമാണ് സഞ്ചിതം സഞ്ചയിക്കപ്പെട്ടത് ഇങ്ങനെ സഞ്ചയിക്കപ്പെട്ട ം കർമ്മത്തിന്റെ ചെറിയൊരു പങ്കാണ് ഒരു ജന്മത്തിന്റെ കാരണമായി തീരുന്നത് അങ്ങനെ സഞ്ജീതത്തിന്റെ ഭാഗവും ഈ ജന്മത്തിന്റെ ആരംഭകവുമായ കർമ്മമേതോ അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് അപ്പൊ പ്രാരബ്ധത്തിനനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുന്നു പ്രാരബ്ധം തൊടുത്തുവിടപ്പെട്ട അമ്പ് പോലെയാണ് അതിനനുസരിച്ച് ജീവിക്കുന്നു അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മൾ കർമ്മക്ഷേത്രത്തിലാണ് ജീവിക്കുന്നത് ക്ഷിപ്രംഹി മാനുഷേലോകെ സിദ്ധിർഭവതി കർമ്മജ മനുഷ്യലോകത്തിൽ കർമ്മസിദ്ധി ഉണ്ടാവുന്നുണ്ട് മനുഷ്യജന്മത്തില് അപ്പൊ കർമ്മത്തിന് അധികാരമുള്ള ജന്മമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും കർമ്മത്തെ ആ കർമ്മത്തിലൂടെ വീണ്ടും നമ്മൾ ആർജിക്കുന്നു ആ ആർജിക്കുന്നത് ചേരുന്നു സഞ്ജീതത്തോടുകൂടെ മൊത്ത സഞ്ജീതത്തോടുകൂടെ ചേരുന്നു ഇത് ശരിക്കും കണക്ക് പോക്ക് എഴുതണ പോലെയാ അപ്പണിംഗ് ബാലൻസ് അതിന്റെ കൂടെ ഡെബിറ്റും ക്രെഡിറ്റും വന്നു ക്ലോസിംഗ് ബാലൻസിലെത്തി ഇതോ കാര്യം ഫോർവേഡ് ചെയ്തു വീണ്ടും ഓപ്പണിംഗ് ആ തീരുന്നില്ല വീണ്ടും ഡെബിറ്റും ക്രെഡിറ്റും ഇതങ്ങനെ തുടരുക അതങ്ങനെ ക്ലോസിങ്ങിലേക്ക് എത്തും ഒരു ടേമിൻ്റെ കഴിഞ്ഞാൽ അടുത്ത ടേമിലത് ഓപ്പണിംഗ് ആയി അത്രയേ ഉള്ളൂ അതിനിടയ്ക്ക് എന്തെങ്കിലും ചില അലൊക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരും എന്നാലും അത് ഓപ്പണിംഗ് ആവും അതിൽ സംശയമൊന്നുമില്ല അത്രയേ പറയാൻ പറ്റും ഈ ചെയ്തിയിൽ ഈ പോക്കിലുണ്ടല്ലോ ഇപ്പോൾ അനുഭവി ചെയ്ത് കഴിഞ്ഞു ഇനിയും ഫലം വന്നു ചേരാനിരിക്കുന്നു അങ്ങനെയുണ്ട് അക്കൗണ്ട്സിൽ നമ്മളത് പഠിക്കുന്നുണ്ട് അക്രൂവിംഗ് ആയിട്ടുള്ളത് ഇനി വന്നു ചേരാനിരിക്കുന്നത് അതാണ് ആഗാമി കർമ്മം പ്രാരബ്ധാനുസാരം ജീവിക്കുന്നു സഞ്ചിതത്തെ ചേർക്കുന്നു ആഗാമിയും വന്ന് അനുഭവിക്കുന്നു അടുത്ത ജന്മാവുമ്പത്തേക്ക് ഇങ്ങനെ കർമ്മങ്ങളിലൂടെ ജീവിതം തുടരുന്നു ഇതാണ് കർമ്മഭേദങ്ങളെക്കുറിച്ച് അപ്പൊ അവിടെ ചോദ്യം വരുന്നുണ്ട് പ്രാരംഭത്തിന്റെ ആവിഷ്കാരമല്ലേ ജീവിതം അങ്ങനെയാണെങ്കിൽ വിധി അനുസരിച്ചല്ലേ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ആയിക്കോട്ടെ വിരോധന്യ വിധി പറഞ്ഞാൽ വേറെ ആരുണ്ടാക്കിയതല്ല നമ്മൾ തന്നെ ഇന്നലെകളിലെ കർമ്മങ്ങളിലൂടെ ആചരിച്ച് സമ്പാദിച്ചു വെച്ചതാണ് അപ്പൊ നമ്മുടെ വിധി നമ്മളിങ്ങാൻ നിശ്ചയിച്ച വേറാരും അല്ല ഒരു ദൈവമല്ല അവിടെയാ മുഖ്യത്വം അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കർമ്മങ്ങളിലൂടെ നാളേകളിലെ ഫലത്തെ നമുക്ക് സ്വാധീനിക്കാം എന്തുകൊണ്ടെന്നാൽ ഇന്നലെകളിലെ കർമ്മത്തിന് അനുരൂപമാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എങ്കിൽ ഇന്നത്തെ നമ്മുടെ കർമ്മത്തിന് അനുസരിച്ച് നാളെയിലെ ക്കുള്ള സ്വാധീനം നമുക്ക് ചെയ്യാൻ സാധിക്കും സംശയമില്ല അതുകൊണ്ട് പുരുഷ പ്രയത്നത്തിന് പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല ചിന്തകൾ ചെയ്യുക നല്ല വാക്കുകൾ പറയുക ഇന്ന് ചെയ്യുന്നതിന് അനുസരിച്ച് നാളെ ഫലം പ്രാപിക്കും സന്തോഷം ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്തിന് സമയനിഷ്ഠ മുഖ്യം ഒരു രണ്ട് മിനിറ്റ് അധികമായി സാരക്കോ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ